ീ സിദ്ധാസ്നുദ്ധ സി ഗീശ്വര സാരംഭാചാര്യ ശമാപരായ സതപാശികം ബാധിതാ ഭയതന ഈശോ വിരുദ്ധമീ സന്ദീഹയേ നവ ദക്തിഹൈ ഇസ്ഫാമോ ഹേ േജസം തരം വചാരം ഗുണം വികാരോ നമധേയം ത്രീത്യവ സത്യം യോഹിം തേജസ തദ്ഘാദിമധേയന്രുപണീത്യം യന്ദന്ദ്രമസോരോം വിം തേജസ തൂപ്പംക്ലം തൃഷ്ണ പാഗാചന്ദ്രചാരണം വികാരോ നമധേയം ത്രീരുൂവാണീറ്റം യോരുദം ൂപം തേജസ തധ്രുവംക്രം തദ്കാ വിദ്യു വിദ്യു ത് വിോ നമുധേയം തീരുമാണീവ സത്യം വൈ തദ് മഹാസനത്ര അശ്രുതമീതി യഷ്ണമൂസോമ്യ ഇമാ തിസ്രോത പുരുഷം പ്രാപ്യ ത്രിവൃകൈകാതി സമാനം ഇനി അടുത്ത് പറയാൻ പോകുന്ന ഒരുപോലെയാണ് യഥാദിത്യ രോഹിതരൂപം തേജസ് തദ്ദേ ആദിത്യങ്ങൾ കാണുന്ന ചുവന്ന വർണ്ണം അത് തേജസ്സിൻ്റെതാണ് തദ്വം യത് ശുക്ലം തത് അപ്പം ആദിത്യനിൽ കാണുന്ന സ്വച്ഛരൂപം അത് ജലത്തിൻ്റെതാണ് യത് കൃഷ്ണം അത് കാണുന്ന പറപ്പ് പൃഥ്വിയുടേതാണ് അങ്ങനെ മനസ്സിലാക്കുമ്പോൾ അപാക ആദിത്യ ആദിത്യത്വം പിന്നെ ഈ മൂലഭൂതങ്ങൾ മൂന്നാണ് അതാണ് ആദിത്യനായി നിൽക്കുന്നത് അതിനുപേർ തിരിച്ച് മനസ്സിലായാൽ പിന്നെ ആദിത്യനൊന്നില്ല ഈ മൂന്ന് ഭൂതങ്ങളല്ലാതെ മറ്റൊന്നില്ല പാചാരംഭണം വികാരവും നാമധേയം ത്രിരൂപാണി ദൈവസത്യം അവിടെയും മനസ്സിലാക്കണം ഈ വികാരങ്ങൾ കേവലം നാമധേയമാണ് ആ രൂപങ്ങളാണ് സത്യം അതുപോലെ ഈ ചന്ദ്രം രൂപം ചന്ദ്രൻ കാണുന്ന അച്ചവപ്പുവർണം തേജസ്സ തേജസിന്റേതാണ് തദ്ൂപം യെ ശുക്ലം അവിടെ കാണുന്ന സ്വച്ഛതം അത് ജലത്തിൻ്റെതാണ് യഷ്ണം അവിടെ കാണുന്ന കൺ കറുപ്പ് തത് അനസ്യ ചന്ദ്രത്വം ഇത്രയും മനസ്സിലാക്കിയാൽ പിന്നെ ചന്ദ്രൻ ഇല്ല ചന്ദ്രൻ ഈ മൂന്ന് ഭൂതങ്ങളുടെ കൂടിച്ചേർന്ന് ഒന്നാണ് വാചാരംഭണം വികാരവും നമുയും ശ്രീനിരൂപാണിത്യവസത്വം അവിടെയും മനസ്സിലാക്കണം ആ പ്രത്യേകമായി മൂന്നും കൂടി ചേർന്ന് ഒരുമിച്ച് കാണുന്നത് അത് വാചാരംഭണം വിക്കാരം മാത്രമാണോ ത്രിണിരൂപാണി അവിടെയുള്ള മൂന്ന് തേജസ് അഫ് ജലം ഇതാണ് അതിൽ സത്യമായിട്ടുള്ളത് അതുപോലെ വിദ്യുദ്രോഹിത രൂപം വിദ്യത്തിൽ കാണുന്ന ചുവന്ന നിറം തേജസ് തത്രുപാത യത് ശുക്ലം അവിടെ കാണുന്ന ശുക്ലവർണം തത് അം ജലത്തിൻ്റെ യത് കൃഷ്ണം അവിടെ കാണുന്ന കൃഷ്ണവർണം തത് അന്നസ്യ അത് ഭൂമിയുടേതാണ് ചില സമയത്ത് അവ്യക്തമായി എല്ലാം കാണുന്നതാണ് അപ്പൊ കാ അത് വിദ്യു കേൾ ഒരേ രീതിയിലെന്ന് പറയാൻ പറ്റത്തില്ല അത് മുന്നിമറയുമ്പോൾ അത് പല ഭാവങ്ങളും വരാം അതെല്ലാം ഈ ഭൂതങ്ങളുടേതാണ് വിദ്യുതോ വിദ്യുത്വം എന്ന് മനസ്സിലാക്കുമ്പോൾ അവിടെ വിദ്യുതില്ല പചാരംഭം വികാരോ നമിയും ശ്രീ നിരൂപാണിത്യവസത്യം അവിടെയും അങ്ങനെ മനസ്സിലാക്കണം അതാണ് ഇവിടെ ഭാഷകാരൻ പറഞ്ഞത് തഥാദിത്യ ചന്ദ്രം വിദ്യുത ഇത്യാദി സമാനം ഇവിടെയെല്ലാം പറയുന്ന ഒരേ കാര്യമാണ് മൂന്ന് രൂപങ്ങൾ അതിൽ നിന്നതെല്ലാം തേജസ് ജലം പൃഥിവി ഇതിൽ നിന്നാണ് ഈ സമ്പൂർണ്ണ പ്രപഞ്ചം ഉണ്ടായിരിക്കുന്നത് നന്ദി യഥാ ഖലു സ്വമി മാ തിസദേവത ഏകൈകൂതി തന്നെ വിജാനി തേജസ്വ ചതുർഭിര ഉദാഹരണി അഗ്നാതിഭി ത്രിവുത്കർണ്ണം ദർശിതം ഇവിടെ തേജസ്സിന്റെ ത്രിവുത്കർണത്തെയാണ് കാണിച്ചത് തേജസ് ജലത്തോടും പൃഥ്വിയോടും ചേർന്ന് എങ്ങനെ ഈ പ്രപഞ്ചമാകുന്നു മറ്റുള്ളവന്നും കാണിച്ചില്ലല്ലോ ദോഷ ആഭന്ന വിഷയാണി ഉദാഹരണാനിമിച്ച ദുഷ്ടവ്യാനീതി ശ്രുതി ഓരോന്നും എടുത്തു പറഞ്ഞില്ല തേജസ്സിന്റെ ക്രിപത്കരണത്തെ പറഞ്ഞ് തേജസ്സിനെ എങ്ങനെയാണോ വിശദീകരിച്ച അതുപോലെ ജലത്തെയും പൃഥ്വിയും മനസ്സിലാക്കുന്നു എങ്ങനെ ഓരോന്നിൻ്റെയും പകുതിയെ മൂന്നായി ഭാവിച്ച് ഒരു മറ്റ് രണ്ട് ഭാഗങ്ങളെ അന്യരണ്ട് ഭൂതങ്ങളുടെ ഓടുകൂടി ചേർക്കുന്നു ഈ തരത്തിൽ എല്ലാത്തിനും മനസ്സിലാക്കുന്നു തേജസ്വ ഉദാഹരണം ഉപലക്ഷണാർത്ഥം അത് ഉപലക്ഷണമായി പറഞ്ഞു എന്നേ ഉള്ളൂ അതിനെ ഗ്രഹിക്കുക മറ്റുള്ളതിനെ ഗ്രഹിക്കുക ഓരോന്നിന്റെയും ത്രിവുത്കരണം ഇപ്രകാരമെന്ന് ശ്രുതി പറഞ്ഞിട്ടില്ലെങ്കിലും അത് ഗ്രഹിക്കണമെന്നർത്ഥം അസ്പഷ്ട എന്തുകൊണ്ട് പറഞ്ഞു ആ തേജസ്സിൻ്റെ രൂപമുണ്ട് അതിൽ പല വർണ്ണങ്ങളുണ്ട് അത് മറ്റെടുത്ത് കാണുന്നുണ്ട് അപ്പോൾ സ്പഷ്ടത കൂടുതലുണ്ട് തേജസ് അതുകൊണ്ട് തേജസ്സിനെ പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞു എന്നേ ഉള്ളൂ ഗന്ധരസയോരനുദാഹരണം തടയാണം അസംഭവ ഗന്ധത്തെയും വിരസത്തെയും അവിടെ പറഞ്ഞില്ല അത് സ്പഷ്ടമല്ലാത്തതുകൊണ്ടാണ് എങ്ങനെ സ്പഷ്ടമില്ല ഈ ഗന്ധരസു തേജസ്ത ഗന്ധരസങ്ങൾ തേജസ്സിലില്ല ഗന്ധം പൃഥ്വിയുടെ രസം അത് തേജസ് തേജസ്സിൽ രൂപമാണ് അത് സ്പഷ്ടമാണ് അപ്പോൾ തേജസ്സിനെ ത്രിവുത്കരണത്തിന് ഉദാഹരണമായി പറഞ്ഞു അതുപോലെ ഗന്ധരസങ്ങളെ പറയാൻ കഴിയില്ല കാരണം തേജസ്സിലതല്ലാത്ത സ്പഷ്ടമല്ലാത്തവണ് തേജസ്സിൽ അത് സ്പഷ്ടമില്ല ശബ്ദസ്പർശ്യവരനുദാഹരണം വിഭാഗേന ദർശയിട്ടും അസിക്കത്തുക ഇനി ശബ്ദസ്പർശങ്ങളെ പറഞ്ഞില്ല ശബ്ദമാകാശ സ്പർശം വായു ഇവിടെ ത്രിവിത്കരണമെന്ന് പറഞ്ഞത് മൂന്നെണ്ണത്തിനെ കൂട്ടിച്ചേർക്കുന്ന കാര്യമാണ് പറഞ്ഞത് അല്ലെങ്കിൽ മൂന്നെണ്ണം കൂട്ടിച്ചേരുന്നത് എന്തുകൊണ്ട് ആകാശത്തെയും വായു ഇനി ഒഴിവാക്കി എന്ന് പറയുന്നു കാരണം അത് ഒന്ന് സ്പഷ്ടമാണ് അവിടെ ശബ്ദം ആകാശം പ്രത്യക്ഷമല്ല അതുപോലെ സ്പർശം പക്ഷെ വായു പ്രത്യക്ഷമല്ല യതിസവം ജഗത് ത്രിവുത്കൃതം അഗ്നാതിവത്രി രൂപാണി തീവസത്യം അഗ്നിയുടെ അഗ്നിത്വ അഗ്നിത്വ അപാകാദ് ജഗതോ ജഗത്വം ഇതിൽ നിന്ന് എന്താണ് ശ്രുതി മനസ്സിലാക്കാൻ മനസ്സിലാക്കി തരാൻ ആഗ്രഹിക്കുന്നത് തേജസ്സിനെ എടുത്തു ആ തേജസ്സിന്റെ ത്രിവുത്കരണം കൊണ്ടാണ് ബാക്കിയെല്ലാം ഉണ്ടായത് എന്ന് മനസ്സിലാക്കി വാസ്തവത്തിൽ തേജസ് മാത്രമാണ് സത്യം അങ്ങനെയെങ്കിൽ ഭൗതികമായി കാണുന്ന എല്ലാ വസ്തുക്കളും എന്തിനു ജഗത് ആ ജഗത്തും ജഗത്ത് അല്ലാതായിത്തീരുന്നു അതിൻ്റെ മൂല രൂപങ്ങളിൽ നിന്നും വേറെയില്ല അപ്പോൾ എന്താണോ പ്രതീതമാകുന്നത് എന്താണോ അനുഭവത്തിന് വിഷയമായി അതിനാണ് ജഗത്ത് എന്ന് പറയുന്നത് ജഗത്തിൽ വാസ്തവത്തിൽ ജഗത്വമില്ല അതിന് ജഗത്ത് എന്ന് കരുതാമൃത്തിയില്ല എന്തുകൊണ്ട് അത് അനുഭവപ്പെടുന്നതുപോലെ സത്യമായി നിലനിൽക്കുന്ന ഒന്നല്ല ആ ജഗത്തിൻ്റെ ജഗത്വം ഇല്ലാതായി ജഗത്ത് ജഗത്ത് അല്ലാതായി തോന്നി എന്തുകൊണ്ട് അതതിൻ്റെ കാരണമായി അതിനാണ് കഴിഞ്ഞ ദിവസം ജപ്പാകസ്മ ദൃഷ്ടാന്തം പറഞ്ഞത് അതിൻ്റെ കാരണത്തിൽ നിന്ന് എന്തുമൊക്കെ കാര്യത്തിൽ അനുഭവപ്പെടുന്നു അതുപോലെ ജഗത്ത് ജഗത്തായിത്തോന്നു എന്ന് വെച്ചാൽ ജഗത്ത് നിലനിൽക്കുന്നതാണ് സത്യമാണ് എന്ന് തോന്നുന്നു അങ്ങനെ ജഗത്തിൻ്റെ ജഗത്വം ആ സത്യത്വം ജഗത്തിൻ്റെതല്ല ആ സത്യത്വം അതിന് പിന്നിലുള്ള ഭൂതത്രയത്തിൻ്റെതാണോ അതിന് വരുന്ന സത്യത്വം അതിൻ്റെ പിന്നിലുള്ള സത്തിൻ്റെതാണോ ഈ തരത്തിൽ മനസ്സിലാക്കിത്തരാൻ വേണ്ടി അതായത് ഒരു ജീവന്റെ പ്രതീതി പ്രതീതിയിൽ നിന്നും അവൻ്റെ ബോധം സത്തിലേക്ക് പോകാൻ വേണ്ടി അത് ക്രമേണ നേരിട്ടാണ് നേരിട്ടൊരാളോട് ഈ ജഗത്ത് സത്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉൾക്കൊള്ളാൻ പ്രയാസമാണ് നേരിട്ട് ജഗത്ത് സത്തെന്ന് പറയാതെ ഈ കാണുന്ന ജഗത്ത് സത്യമായി അനുഭവപ്പെടുന്ന ഈ ജഗത്തല്ല സത്യം ഇതല്ല സത്യം എന്ന് പറയുന്നത് ഈ ജഗത്തിന് കാരണമായിരിക്കുന്ന ഭൂതങ്ങളാണ് എന്ന് പറയുന്നത് ഭൂതങ്ങളാണ് സത്യം എന്ന് പറയുന്നത് നേരിട്ട് എളുപ്പം മനസ്സിലാക്കാൻ കുറച്ചുകൂടി എളുപ്പമാണ് ജഗത്ത് സത്യം എന്ന് പറയുന്നതിനപേക്ഷ ഭൂതങ്ങൾ സത്യമെന്ന് ബോധിപ്പിക്കുമ്പോൾ ആ ഭൂതങ്ങൾ ഉള്ള സത് അതാണ് പരമമായ സത്യവും ഭൂതങ്ങളല്ല ഇങ്ങനെ ക്രമമായി ബോധിപ്പിക്കുന്നതിന് വേണ്ടി പ്രതിയിൽ നിന്ന് സത്തിലേക്ക് ആ തരത്തിൽ ബോധിപ്പിക്കുന്നതിന് എന്ന് പറയുമ്പോൾ ജഗത്തിൻ്റെ അനുഭവം അവിടെ ജഗത്തിൻ്റെ അനുഭവം മാത്രമേ അവിടെ സത്യാനുഭവമുണ്ട് സത്യാനുഭവം ഉണ്ടെങ്കിൽ അത് ജഗത്തിൽ ആരോപിക്കുകയാണ് വാസ്തവത്തിൽ ഏതൊരു സത്യത്തിലാണോ ജഗത്ത് ആരോപിച്ചിരിക്കുന്നത് അത് മനസ്സിലാക്കാതെ ജഗത്തിൽ സത്യത്വത്തെ ആരോപിക്കും നേരെ വിപരീതമാകും ഈ പ്രതീതിയെ മാറ്റണം ആ പ്രതീതി മാറ്റാൻ സാധ്യമല്ല പിന്നെന്താണ് പ്രതീതിയിൽ സത്യത്വ ബോധം ശരിയായ സത്യത്വബോധം പ്രതീതിയിൽ പരമാർത്ഥബോധം അതിനെ കൊണ്ടുവരുവ അതിനുവേണ്ടി പറയുന്നു ജഗത്തിൽ അല്ലസത്യത്വം നിലകുന്നത് സത്തിലാണ് ഈ ജഗത്ത് നിലനിൽക്കുന്നത് തഥാ അല്ലസ്യ ആപ്യസുംഗത്വ ആപൈതേവ സത്യം ഓരോന്നിനും മനസ്സിലാക്കണം അന്നം പൃഥിവി തത്വം അത് ആപ്യസുഖമാണ് ശുഖം എന്ന് വെച്ച കാര്യം ജലീയമാണ് ജലകാര്യമാണ് അതുകൊണ്ട് ആപൈത്യവ സത്യം അതുകൊണ്ട് ജലമാണ് സത്യം വാചാരംഭണം മാത്രം അന്നം ജലമാണ് സത്യമെങ്കിൽ പിന്നെ അന്നമെന്താണ് അത് വാചാരംഭണം മാത്രമാണ് ഈ കാരമാണ് തഥാ അപാമതി തേജസ്വ പിന്നെ ജലത്തെ എടുക്കാതെ തേജസ് തേജകാര്യമാണ് വാചാരംഭണത്വം തേജി തീവസത്യം അതും കേവലം വാഗാലംബനമാണ് തേജസ്സാണ് സത്യം തേജസ്വ് സത്സംഗത്വം അതിന് അവിടെ നിന്ന് പിന്നിലേക്ക് പോകും തേജസ്സിൽ നിന്ന് സത്തിലേക്ക് വാചാരംഭണത്വം തേജസ്സും വാചാരംഭണമാണോ സത്യവസത്യം എങ്ങനെയാണോ പ്രതീതി കാലത്ത് ഒരു ജീവന് പ്രപഞ്ചത്തിൽ സത്യത്വം പ്രതീതമാകുന്നത് ഈ സത്യത്വം വാസ്തവത്തിൽ ഇവിടെയാണ് നിൽക്കുന്നത് ഈ പ്രപഞ്ചത്തിലല്ല നാമരൂപങ്ങളിലല്ല മറിച്ച് ഈ സത്യമാണ് ആ നാമരൂപങ്ങളെ നിലനിർത്തുന്നത് എന്ന് ബോധിപ്പിക്കുന്നതിനു അത് ബോധിക്കുമ്പോഴോ ഇതാണ് സത്യം എന്ന് കരുതിയിരുന്നത് വാചാരംഭനം വാഗാലംഭനം സതി യേശു അർത്ഥ വിവക്ഷിത അതാണ് ഇവിടെ വിവക്ഷിതമായ അർത്ഥം അപ്പൊ പരമമായ സത്യത്തില് പ്രതീതിയാണ് പ്രതീതിയല്ല പരമമായ സത്യം എന്ന് ബോധിപ്പിക്കുക അന്ന് വായു അന്തരീക്ഷത്തു ആ ത്രിപുഴത് കൃതയെ തേജസ് പ്രവർത്തിച്ചു അനന്തർഭൂതത്വം അത് അവശേഷിതേ വേദി പറയുന്നു ഇവിടെ തേജസ് ജലം ഭൂമി മൂന്നിനെ പറഞ്ഞുള്ള അതിനു മുമ്പുള്ള വായുവിനെ ആകാശത്തെയും പറഞ്ഞില്ല ത്രിപുർത്തെന്ന് പറയുമ്പം അതിൽ ഉൾപ്പെടെയുള്ളതാണ് അത് അഞ്ചുണ്ട് ത്രിപുരത്തെന്ന് പറയുമ്പോൾ മൂന്നെ മൂന്നാക്കുക അത് ആകാശത്തിനും വായുവിനും സംഭവിക്കുന്നില്ലല്ലോ തേജപ്രഭൃതി അനന്തർഭൂതത്വം അവശിഷ്ടവേദി ഗന്ധരസ ശബ്ദ സ്പർശ അവശിഷ്ട എങ്ങനെയാണോ ഗന്ധം എങ്ങനെയാണോ രസം എങ്ങനെയാണോ ധ്രുവം അതുപോലെയാണ് ശബ്ദവും സ്പർശവും എല്ലാം ഒരുപോലെ അനുഭവപ്പെടുന്നത് ജീവന്റെ പ്രതീതിക്ക് അഞ്ചും വിഷയമാണ് മൂന്നിനെ എടുത്തിട്ട് അവിടെ ത്രിപുത്കരണം സംഭവിച്ചതെന്ന് പറയുമ്പോൾ മറ്റ് രണ്ടിനെയും തോണ്ട് വിട്ടു കഥം സദാ വിജ്ഞാതേനു സർവം അന്യത് അവിജ്ഞാതം വിജ്ഞാതം ഭവേ ഇത് മൂന്നും മാത്രം അറിഞ്ഞു കഴിഞ്ഞാൽ സ്വത്തിനെ അറിയുന്നത് കൊണ്ട് എല്ലാം അറിയപ്പെടുമെന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാകും ഈ മൂന്നിനെ അറിയാൻ കഴിയൂ ശബ്ദസ്പർശങ്ങളെ അറിയാൻ കഴിയത്തില്ല ആകാശത്തെയും അറിയാൻ കഴിയത്തില്ല വിജ്ഞാത പ്രകാരാന്തരം അല്ലെങ്കിൽ ഇനി അങ്ങനെ സ്വത്തിനെ അറിയുന്നത് കൊണ്ട് എല്ലാം അറിയുന്നത് എങ്ങനെയാണെന്ന് ഒന്നുകൂടി വിശദീകരിക്കേണ്ടി വരും ചോദ്യത്തിന്റെ താല്പര്യം എന്തുകൊണ്ട് ആകാശ വായുക്കളിവിടെ ചർച്ച ചെയ്തില്ല അനീഷദോഷ്രവ്യ സർവസ് ദർശന പറയുന്നു അതില്ല അരൂപവത്തായ ദ്രവ്യത്തിന് ഇതെല്ലാം ഉണ്ട് ആകാശത്തെയും വായുനും വിട്ടിട്ടില്ല കഥം ഇങ്ങനെ തേജസ് ശബ്ദസ്പർശിയോരഭി ഉപലംഭ തേജസ്സിനെടുത്ത് അരൂപമുണ്ട് അതിന് ശബ്ദവും സ്പർശവും കൊണ്ടറിയാമല്ലോ അതൊരു ശബ്ദമുണ്ട് അഗ്നി ജ്വലിക്കുമ്പോഴുള്ള ശബ്ദം ഉഷ്ണ സ്പർശം അതുകൊണ്ട് ഉപലംഭ വായു അന്തരീക്ഷയോത്തത്ര സ്പർശ ശബ്ദഗുണവതോഹോ സദ്ഭവോ അനിമീയത അതുകൊണ്ട് അവിടെ അഗ്നിയിൽ തന്നെ വായുവുണ്ട് ആകാശമുണ്ട് അന്തരീക്ഷം എന്ന് വെച്ചാൽ ആകാശം ശബ്ദ സ്പർശ ശബ്ദഗുണവതോഹോ സ്പർശ ഗുണമുള്ള വായുവും ശബ്ദഗുണമുള്ള ആകാശവും അഗ്നി തന്നെ ഉണ്ട് അവിടെ ത്രിപുരുത്തു പറഞ്ഞാലും മറ്റു രണ്ടിനെയും ഗ്രഹിക്കാൻ കാരണം അതുണ്ട് തഥാപന രസഗന്ധം അന്തർഭാവ അതുപോലെ തന്നെ അപ് അന്നം രണ്ടിനും രൂപമുണ്ട് അതിന് രസവും ഗന്ധവും അതിനകത്തുണ്ട് അപ് ജലം അന്നം ഇത് രണ്ടു രൂപങ്ങളാണ് പക്ഷെ അതിൽ തന്നെ പൃഥ്വിൻ്റെതായ ഗന്ധമുണ്ട് ജലത്തിൻ്റെ രസമുണ്ട് ണ പ്രദർശനം തദ്ധ്യൂം മഞ്ഞത്തെ ശ്രുതി അപ്പം ത്രിപുൽക്കരണ പ്രതിഷേധ എന്റെ ത്രിവുത്കരണമാണ് ഇവിടെ പറഞ്ഞത് അത് കൂട്ടിച്ചേർക്കുന്ന കാര്യമാണ് പറഞ്ഞത് കൊണ്ട് സർവം തത് അന്തർഭൂതം വിജ്ഞാതം സർവത്തെയും അറിഞ്ഞു കഴിഞ്ഞു അല്ലെങ്കിൽ മൂന്ന് രൂപങ്ങളായി അറിഞ്ഞിട്ട് പിന്നീട് സത്തായിട്ട് അറിയുന്നു സദ്വികാരം എല്ലാം സത്തിൻ്റെ വികാരമായി അറിയുന്നു ൂപവാണി വിജ്ഞാതം വന്നിതേ ശ്രുതി അതുകൊണ്ട് ശ്രുതി പറയുന്നു ഈ കാണുന്നതിൽ ഈ അനുഭവിക്കുന്നതിലെല്ലാം സത്യമായിട്ട് മൂന്ന് രൂപങ്ങളെ ഉള്ളൂ മൂല രൂപങ്ങൾ അതാണ് തേജസ് ജലം പൃഥ്വി എന്ന് പറയുന്നത് നീ മൂർത്തം വിരൂപദ്രവ്യം പ്രത്യാഖ്യായ യോഗാശ്യുഹു തദ്ധരസ്യോർവാഗ്രഹണമസ്തി ഈ മൂർത്തമായ ഒരു രൂപത്തായ ദ്രവ്യത്തെ തേജസ് തുടങ്ങിയെ നിഷേധിച്ചിട്ട് അതിനൊഴിവാക്കിയിട്ട് വായു ആകാശങ്ങളെയോ അല്ലെങ്കിൽ അതിൻ്റെ ഗുണങ്ങളുടെ മായ ഗന്ധ അതിൻ്റെ ഗുണങ്ങളുടെയോ അല്ലെങ്കിൽ ഗന്ധരസങ്ങളുടെയോ ഒന്നും ഗ്രഹണം ഉണ്ടാകത്തില്ല ഗന്ധരസങ്ങൾ മുഹൂർത്ത ദ്രവ്യങ്ങളുടെ ഗുണം അതിൻ്റെയും ആ ദ്രവ്യങ്ങൾ നിഷേധിച്ചു കഴിഞ്ഞാൽ തന്നെ ഗുണങ്ങളുടെ അനുഭവം ഉണ്ടാകത്തില്ല അതുകൊണ്ട് ദുരുപോവത്തായ ദ്രവ്യങ്ങളെ എടുത്ത് പറഞ്ഞു അതിൻ്റെയെല്ലാം ആ സാരം മൂന്നാണ് എന്ന് കാണിച്ച് ആ മൂന്നും ദേ സാരം സത്താണ് എന്നിങ്ങനെ കാണിക്കുന്നു അഥവാ ഒരുപോവതാമതി ത്രിപുട്കരണം പ്രദർശനാർത്ഥമീപന്യ ശ്രുതി അല്ലെങ്കിൽ മറ്റൊന്ന് മനസ്സിലാക്കുക ത്രിപുട്കരണം ഇവിടെ പറഞ്ഞത് മൂന്നെണ്ണത്തിന് കൂട്ടിച്ചേർക്കുന്നു അത് മുഖ്യമായ താല്പര്യത്തിൽ പറഞ്ഞത് ത്രിനിരുപണിം തീർച്ചയായും മനസ്സിലാക്കണം ത്രിവൃത്ത് മൂന്നെണ്ണത്തിന് അഞ്ചെണ്ണത്തിന് കൂട്ടിച്ചേർക്കുന്നു ആകാശത്തെയും വായുവിനെയും കുടിഗ്രഹിക്കണം പഞ്ചികളെ വി സമാനോന്യായ അവിടെ പറയും എന്താണ് അത്രീനി രൂപാണിത്യവ സത്യം എന്ന് പറയുന്നത് എന്ന് പറയുന്നതിന് പേരം അവിടെ പറയുന്നതാണ് പഞ്ച് അഞ്ച് രൂപങ്ങളാണ് സത്യം ആകാശം വായു തേജസ് ജലം പൃഥ്വി ഈ അഞ്ചാണ് സത്യം എന്ന് പറയും എന്തുകൊണ്ട് സർവ്വ സദ്വികാരത്വ ഇതെല്ലാം മൂന്നെന്ന് പറഞ്ഞാലും അഞ്ചെന്ന് പറഞ്ഞാലും തത്വങ്ങൾ ഇരുപത്തൊന്നെന്ന് പറഞ്ഞാലും നൂറ്റിയെട്ടെന്ന് പറഞ്ഞാലും എല്ലാം എന്താണ് സദ്വികാരത്വ അതാണ് ഇവിടെ ശ്രുതിബോധിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് സർവ്വസദ്വികാരമാണ് സത്തിലെ പ്രതീതിയാണ് സദാ വിജ്ഞാതേന സർവീതം വിജ്ഞാനം സദാ വിജ്ഞാതേന സത്തിനെ ഗ്രഹിച്ചു കഴിഞ്ഞാൽ ഇത് സത്തിലാണ് പ്രതീതമാകുന്നതെന്ന് ഗ്രഹിച്ചു കഴിഞ്ഞാൽ ം സത്തായി അറിയപ്പെടും ഇതെല്ലാം അറിയപ്പെടുന്ന സത്തായി സത്വനോട് അനന്യമായി അനുഭവപ്പെടും സത്വത്തിൽ നിന്ന് അന്യമായി ഒന്നുമില്ല എന്നനുഭവപ്പെടും സതേകമേ വാദ്തീയം സത്യം ഇതി സിദ്ധമേ ഭവതി അതാണ് സതേകമേവാദ് എന്നുള്ള അദ്വൈതം സിദ്ധമാകുന്നു തദ്കസ്മിൻ സതി വിജ്ഞാതേ ശ്രമയുധം വിജ്ഞാതം ഭവതി ഇതി സൂക്തം അപ്പൊ ഏകസ്മിൻ വിജ്ഞാതെ സർവീതം വിജ്ഞാതം ഭൂതി എന്ന് പറയുന്നതിന്റെ താല്പര്യം എന്താണ് ഏതൊരു സ്വത്തിനെ അറിഞ്ഞാലാണോ സർവം സത്തായി അനുഭവപ്പെടുന്നത് അത്തരത്തിൽ അറിയാം ഏത് വിദ്വാംസോ വിദ്യുതബന്ധ പൂർവേദിക്രന്ത മഹാശാല മഹാശ്രോത്രി ആഹൂർ പൂർവകാലത്ത് വിദ്വാൻമാർ മഹാഗ്രഹസ്ഥന്മാർ മഹാശ്രോത്രിയന്മാരായ ഈ തത്വവും അറിഞ്ഞിരുന്നു ഹസ്മ വൈകില അവരെന്ത് പറഞ്ഞു ഞങ്ങളുടെ ഇതുവരെ ആരും ഇങ്ങനെ ഒരു അറിവില്ലാത്തവർ ഉണ്ടായിട്ടില്ല എന്തറിവാണ് അശ്വതം അമതം അവിജ്ഞാതം അങ്ങനെ ആരെ കുറിച്ചും പറയാനില്ല എല്ലാവരും സർവം വിജ്ഞാനമേവാ എല്ലാവരും സർവത്തെയും സത്തായി അറിഞ്ഞിരുന്നു ഞങ്ങളുടെ കുലത്തിലെ വിവേകിയിലാണ് അത് കുലം എന്ന് പറയുന്നത് കൊണ്ട് ഗുരു പാരമ്പര്യത്തെ എടുക്കുക അല്ലെങ്കിൽ പിതൃപാരമ്പര്യത്തെ എടുക്കുക രണ്ടും കുലമാണ് സത് വിജ്ഞാനവത്വ എല്ലാവരും സത്തിനെ അറിഞ്ഞിരുന്നവരാണ് ഏ പിന്നോ ഇയാഹ എത്രഭ്യോ രോഹിതൃതിഭ്യോ വിജ്ഞാതിന്യത് ശിഷ്ടം വിധാന് ചു വിജ്ഞാതോ യജ്ഞത്തെ ആഹു അതുകൊണ്ട് ഞങ്ങളുടെ എല്ലാവരെയും എത്രയപ ത്രിവൃ്യാതിന്യത് ശിഷ്ടം ഏവമേവ ഈ മൂന്നെണ്ണത്തിനൂടെ ശ്രുതി എടുത്ത് കാണിച്ചു ഈ മൂന്നിനെ മനസ്സിലാക്കുന്നതുകൊണ്ട് എങ്ങനെയാണോ ആദിത്യാദികളെ മനസ്സിലാക്കുന്നത് അതുപോലെ പ്രപഞ്ചത്തെ മുഴുവൻ ഗ്രഹിക്കാൻ കഴിയുന്നു അതിൻ്റെ മൂല രൂപങ്ങൾ അഞ്ചാണോ പഞ്ചഭൂതങ്ങളാണോ അത് സത്താണോ എന്നിങ്ങനെ മനസ്സിലാക്കാൻ കഴിയുന്നു അതുകൊണ്ട് സർവജ്ഞ അവരെല്ലാവരും സർവജ്ഞന്മാരാണ് അല്ലാതെ സർവജ്ഞ ശബ്ദത്തിനർത്ഥം എല്ലാ സർവജ്ഞനെന്ന് പറയുന്ന ഈശ്വരൻ ഒഴുകിയ ബാക്കി എല്ലായിടത്തും നിരർത്ഥകമാണ് ഈ തരത്തിൽ ആർക്കും സർവജ്ഞനാകാം സത്താണ് പഞ്ചഭൂതാത്മകമായി പ്രകടമായത് ആ പഞ്ചഭൂതങ്ങൾ തന്നെയാണ് ജഗത്താത്മകമായത് എന്നറിയുന്ന വിജ്ഞാനം ആർക്കും ഉണ്ടാകാം ഉണ്ടാകുന്നവരെല്ലാം സർവജ്ഞന്മാരാണ് അധ വേ വിതാൻചക്ര അഗ്നാദിഭ്യോ ദൃഷ്ടാന്തിഭ്യോ വിജ്ഞാദിഭ്യു സർവമന്യ വിധാന്ചക്ര അങ്ങനെയും മനസ്സിലാക്കാം അഗ്നിയാദി ദൃഷ്ടാന്തത്തിലൂടെ അവർ സത്യത്തെ ഗ്രഹിച്ചു പ്രപഞ്ച സത്യത്തെ എന്താണെന്ന് അവർ ഗ്രഹിച്ചു ആ രീതിയിൽ മനസ്സിലാക്കും കഥം യഥന്യൂപേണ സന്ധിഹ്യുമാനെ കപൂതാദിരൂപേ രോഹിതമേ വൈ ഗ്രഹ്യമാണ് അഭൂ തേശാം പൂർവേഷാം ബ്രഹ്മവിദാന് തേജസ്വരൂപം ഇതിചക്ര എങ്ങനെ മനസ്സിലാക്കുന്നു ഇത് അന്യൂ അന്യദ്രൂപേണ സന്ധിഹിയും ഉദാഹരണ കപ്പോതം പ്രാവ് അതിൻ്റെ അദ്ദേഹത്ത് പല വർണ്ണങ്ങളാണ് ആ വർണ്ണങ്ങൾ കാണുമ്പോൾ ഇതെന്താണ് ഇത് പൃഥ്വിന്റെ രൂപമാണോ ജലത്തിന്റെ രൂപമാണോ തേജസ്സിന്റെ രൂപമാണോ എന്നും പ്രാവിന്റെ ദേഹത്ത് നോക്കിയറിയാം വളരെ മനോഹരമായ വർണ്ണങ്ങൾ ഒന്നല്ല മാറി മാറി അതിൻ്റെ ദേഹത്ത് വർണ്ണങ്ങൾ പ്രത്യക്ഷപ്പെടും അത് രോഹിതമീവ ഗൃഹിയമാണ് അത് രോഹിതമാണെന്ന് പറയാൻ വയ്യ ശുക്ലമാണെന്ന് പറയാൻ വയ്യ കൃഷ്ണമാണെന്ന് പറയാൻ വയ്യ അങ്ങനെ ആ രൂപത്തെ കുറിച്ച് സന്ദേഹം ഉണ്ടാകുമ്പോൾ മനസ്സിലാകുന്നു എന്താണ് അവിടെ രോഹിതം പോലെ കാണുന്നത് തേജസ്സിൻ്റെ തന്നെയാണ് ശുക്ലം പോലെ കാണുന്നത് ആപ്പിന്റെയാണ് കൃഷ്ണം പോലെ കാണുന്നത് പൃഥ്വിയുടെയാണ് ഈ തരത്തിൽ എന്ന് പറഞ്ഞാൽ പൃഥ്വി തേജസ് ഈ മൂന്നിൻ്റെയും രൂപാന്തരം തന്നെയാണ് കപ്പോത രൂപത്തിൽ കാണുന്നത് എന്നവരറിയുന്നു എന്തിനെക്കൊണ്ടാലും ഈ തത്വത്തെ ഗ്രഹിക്കുന്നവർ അതിന്റെ മൂല കാരണത്തെ ഗ്രഹിക്കുന്നു പൃഥിവി തേജസ് എന്ന് പറയുന്ന മൂന്ന് കാരണമാണ് ഇത് ഈ കാര്യമായി നാനാ രൂപത്തിൽ കാണപ്പെടുന്നത് എന്ന് കാരണദൃഷ്ടി കാര്യപ്രതീതിയിൽ കാരണദൃഷ്ടി ആഭാസ പ്രതീതിയിൽ സത്ത ദൃഷ്ടി അതിനെ വിശദീകരിക്കുകയാണ് തഥാശുഗ്രഹീമാണെന്ന് തപാമ രൂപം അവിടെ തന്നെ നോക്കുന്നു ഇതെന്താ ഈ വർണ്ണം ഇതെങ്ങനെ വിടുന്നുവെന്ന് പറ മനസ്സിലാക്കുന്നു അത് ആ സ്വച്ഛവർ അത് ജലത്തിൻ്റെ കൃഷ്ണ വിവഗ്രഹിയാണ് അത് അന്നസ്യ അവിടെ കാണുന്ന ആ കൃഷ്ണവർണം പോലെ കാണുന്നത് അന്നത്തിന്റേതാണ് എന്നെല്ലാം വിതാൻ ചക്രഹവും അത്യന്തലക്ഷ്യം അതിന്റെ ഗുണം എന്താണ് അവർ എന്ത് രൂപത്തെ കണ്ടാലും അതിലെല്ലാം ഈ ഭൂതത്രയത്തെ മാത്രമേ കാണുന്നുള്ളൂ അതിന്റെ രൂപത്തെ കാണുന്നുള്ളൂ അത്യന്ത ദുർലക്ഷ്യം അപ്പ അവിജ്ഞാനമ വിശേഷതോ അഗ്രഹ്യമാണോ അഭവ് തമിഴ്വശനാം ദേവതാനം സമാസ സമുദായ രീതി ശത്രു അതുകൊണ്ട് എവിടെ എന്ത് രൂപമാണോ ഗ്രഹിക്കാൻ കഴിയാതിരിക്കുന്നത് ഈ ലോകത്തോ പരലോകത്തിലോ അപ്രാപ്യമായിരിക്കുന്നത് അതിൻ്റെ എല്ലാം തത്വത്തെ അവർ ഗ്രഹിക്കുന്നു യഥാസമയവ തിസം ദേവദാനം ഈ മൂന്ന് ദേവതകളുടെ സമുദായമാണത് എന്ന് മനസ്സിലാക്കുന്നു ഏവം തവത് ബാഹ്യം വസ്തു അഗ്നാദിജ്ഞാതം അത്തോക്ത തിസോ ദേവതാ പുരുഷൻ പ്രാണ്യാദരക്ഷണം കാര്യകരണ സംഘാതം പ്രാപ്യ പുരുഷേണ ഉപഭുജ്യമാന ത്രിവത് ഏകീക അതുപോലെ തന്നെ ബാഹ്യം വസ്തു അഗ്നാദി വിജ്ഞാനം പുറമേ കാണുന്ന അതെല്ലാം താണോ യഥോക്ത തിസ്രോ ദേവതാഹ എന്ന മൂന്ന് ദേവതകളാണ് അത് തന്നെയാണ് പുരുഷൻ സ്ഥിര പണ്യാതിലക്ഷണം കാര്യകരണ സംഘാതം പ്രാപ്യ അത് തന്നെയാണ് ഈ ശരീരത്തിൽ ശരീര രൂപത്തിലായിരിക്കുന്നത് അത് തന്നെയാണ് പുരുഷന ഉപയുജ്യമാന പുരുഷന് അനുഭവിക്കുന്നതും അതിനെ തന്നെയാണ് പുരുഷന്റെ ശരീരമായിരിക്കുന്നതും അതുതന്നെയാണ് എല്ലാം ആ സത്തിന്റെ പരിണാമമാണ് സത്തിൻ്റെ പരിണാമമായിരിക്കുന്ന ഭൂതത്രയുമാണ് ഇതെല്ലാമായി അനുഭവപ്പെടുന്നത് ഏകീക അത് ത്രിവുത്കരണം അതിന്റെ തത്വത്തെ നീ എന്നിൽ നിന്നും മനസ്സിലാക്കുമെന്നാണ് ത്രിവുത്കരണം പറയുന്നത് പ്രപഞ്ചം എങ്ങനെ ഉണ്ടായിന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടില്ല ഇതൊരു ശാസ്ത്രമല്ല പ്രത്യേകിച്ച് സൃഷ്ടിയെക്കുറിച്ച് പഠിപ്പിക്കുകയല്ല മറിച്ച് ഈ പ്രപഞ്ചപ്രതീതി എന്താണ് പ്രപഞ്ച പ്രതീതി എന്തിന്റെ ആധാരത്തിൽ നിൽക്കുന്നു പ്രപഞ്ച പ്രതീതിക്ക് ആധാരമായിരിക്കുന്നത് സത്താണോ സത്തിലെ പ്രതീതി മാത്രമാണ് പ്രപഞ്ചം എന്ന് മനസ്സിലാക്കിത്തരാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ നമ്മൾ സങ്കല്പിക്കുന്ന തരത്തിലുള്ള നമ്മുടെ ധാരണയ്ക്കനുസരിച്ചുള്ള ഒരു സൃഷ്ടിടെ കുറിച്ച് വിശദീകരിക്കുന്നതല്ല സൃഷ്ടിയെ നമ്മളെ പഠിപ്പിക്കുന്നതല്ല എന്നർത്ഥം അടുത്ത മന്ത്രത്തിൽ പറയുന്നു അന്നം അശിതം ത്രേധാമിജീയത തവിവിഷ്ടോ ധാസ് തീരീശം യോ മധ്യമസ്തമാസം യോനിഷ്ടമന ആപഹപ്പീദ്രേഥ വിധീയേതാസാംോധുസ്തമൂത്രം യോ മധ്യമസ്തോഹിം യോനിഷ്ട്രാണ തേജോ അശദം ത്രീധ വിധീയതവിഷ്ട്രോധസ്തിോ മധ്യമസം യനിഷ്ടമയം ഹി സോമ്യമന അപോമയ പ്രാണ തേജോമീ വാഗിരി ഭൂയേ മാ ഭഗവൻ വിജ്ഞാപയ സോമ്യഹോവാച ഇനി വീണ്ടും ആ പഞ്ചീകരണത്തിന്റെ ഭാഗമായി വരുന്ന പ്രാണൻ മനസ്സ് ബുദ്ധി അവയെക്കുറിച്ച് വിശദീകരിക്കുകയാണ് അന്നമശതം ത്രേതാ വിധീയത കഴിക്കുന്ന ഭക്ഷണം മൂന്നായി പിരിയുന്നു ജാഠരേനാഗ്ഞനാ പച്ചിമാനം ത്രയും ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ ജാഠരാഗ്ഞാന് പാകം ചെയ്ത് അതിനെ മൂന്നാക്കുന്നു കഥന്തസ്യ അന്യസ്യ ത്രീയമാനസ്യ ീശംഭതി കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ഉള്ളിൽ ചെന്ന് ജഡരാഗിങ്ങി അത് പാകം ചെയ്ത് അതിൽ നിന്ന് വരുന്ന ഏറ്റവും സ്തുലമായ ഭാഗം മലമായി പോകുന്നു യോ മധ്യമോ അംശാതുവരസാതിക്രമീണ പരിണമ്യ മാംസം ഭോതി അതിന്റെ മധ്യമ ഭാഗം അത് രസാദരൂപത്തിൽ പരിണമിച്ചിട്ട് ശരീരത്തിൽ മാംസമായി മാറുന്നു यो अनिष्टो अनद आन मू धातु स ऊर्ध्वं हृदयं प्राप्य सूक्ष्मं असि इदाख्यास नाडी शनं प्रविश्य वागादि कलासंगात स्थितिम उत्पादयेन मनोभवति मनो, मनो रूपेण विभेरनमन् मनस उपचयन करोति अल एतु सूक्ष्मं यम सम <coughs> गण अनिष्टो अणुतमः आन। धातो കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ഏറ്റവും സൂക്ഷ്മഭാവം കൂടുതൽ ഹൃദയം പ്രാപ്തി അത് ഹൃദയത്തിൽ പ്രവേശിക്കുന്നു അവിടെ ഹിത എന്ന് പറയുന്ന നാടിയുള്ളതാണ് ഹിത ഹിതം എന്ന് പറഞ്ഞ കർമ്മഫലം അതിന്റെ ഭോക്താവായ ജീവൻ സ്ഥിതി ചെയ്യുന്നത് ഹിത നാടിയിലാണ് ഹിതാക്കി അനുപ്രവേശ്യ ജീവൻ ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നു എന്ന് പറയുന്നതാണ് ജീവന്റെ സ്ഥൂലമായ ഉപാധി എന്ന് പറയുന്നത് സൂക്ഷ്മമായ നാടിയാണ് എന്ന് പറയുന്ന നാടിയാണ് എന്ന് പറയും വാഗാദി ഉത്പാദയൻ അത് ജീവഭാവത്തെ പ്രാപിച്ചിട്ട് അല്ലെങ്കിൽ ജീവന്റെ ഭാഗമായി നിന്നുകൊണ്ട് വാഗാദികർണങ്ങളെ നിലനിർത്തുന്നു അങ്ങനെ മനസ്സാകുന്നു മനസ് മനോരണം വിപരീനം ആ മനസ്സൊക്കെ ചെയ്യും കരുത് കഴിക്കുന്ന അന്നത്തിന്റെ സൂക്ഷ്മമായ അംശം ഇങ്ങനെ മനസ്സാവും കാരണം മനസ്സ് സൂക്ഷ്മ ശരീരത്തിന്റെ ഭാഗമാണ് ജന്മനാൽ തന്നെ മനസ്സുള്ളതാണ് കഴിക്കുന്ന അന്നത്തിൽ നിന്ന് മനസ്സുണ്ടാകും ഇങ്ങനെ പറയാൻ പറ്റും കാരണം പറയുന്നു മരണസമയത്ത് ഈ ജീവൻ ശരീരത്തെ പിടിഞ്ഞു പോകുമ്പോൾ ആ ജീവനോടൊപ്പം പോകുന്ന ഒന്നാണ് മനസ്സ് മനസ്സ് ബുദ്ധിചിത്തം അഹങ്കാരം ഇതെല്ലാം അതിനോടൊപ്പം പോകുന്നു കർമ്മവാസനകൾ പുണ്യപാപങ്ങൾ അജ്ഞാനം ഇതെല്ലാം ആ ജീവനോടും ഒപ്പമുണ്ട് അങ്ങനെ പോയി പേരുടെ ശരീരം സ്വീകരിക്കുമ്പോഴും അവിടെ മനസ്സുണ്ട് പിന്നെ മനസ്സെങ്ങനെയാണ് വലുതാകുന്നത് ചെറുതാകുന്നത് പറയുന്നു ആ മനസ്സ് സൂക്ഷ്മരൂപത്തിൽ ആ ജീവനോടൊപ്പം സദാ പിന്തുടരുന്ന ആ ജീവനെ പിന്തുടരുന്ന ആ മനസ്സ് ഭക്ഷണത്തിന്റെ സൂക്ഷ്മംശത്തെ സ്വീകരിച്ച് ഉപ്പച്ചയും ഗ്രോത് വൃദ്ധിയെ പ്രാപിക്കുന്നു അപ്പോൾ മനസ്സിന് വൃദ്ധിയുണ്ടാകും വളർച്ച ഉണ്ടാകുന്നു നല്ല ഭക്ഷണം കഴിച്ചുകഴിഞ്ഞാൽ മനസ്സ് വലുതാകും അതുകൊണ്ടാണ് പറയുന്നത് നെയ്യ് കഴിക്കണം നെയ്യ് കഴിച്ചു കഴിഞ്ഞാൽ ബുദ്ധി കൂടും വേദത്തിൽ പറയും നല്ല ശുദ്ധമായ പശുവിൻ്റെ നെയ്യ് കഴിക്കും അത് വേറെ ഇന്നത്തെ നെയ്യൊന്നും കഴിച്ചാൽ ബുദ്ധി കൂടത്തില്ല കൊളസ്ട്രോള് കൂടത്തുള്ളൂ ഇവിടെ പറയുന്നത് ശുദ്ധമായ നെയ്യാണ് അത് കഴിച്ചാൽ കൊളസ്ട്രോളൊന്നും വരത്തില്ല അത് കഴിച്ചുകഴിഞ്ഞാൽ ബുദ്ധി കൂടും വാക്കിന് ശക്തി കൂടും മേധാശക്തി വർദ്ധിക്കും എന്ന് പറയും എന്തുകൊണ്ട് കഴിക്കുന്ന ഇനി പറയും അന്നത്തിൻ്റെ ഏറ്റവും സൂക്ഷ്മമായ അംശം ബുദ്ധിയെ സ്വാധീനിക്കുന്നു അതുകൊണ്ടാണ് ബുദ്ധിക്ക് വരുന്ന ദോഷങ്ങൾക്കെല്ലാം ആയുർവേദത്തിൽ നെയ്യ് സേവിപ്പിക്കുന്നു നെയ്യ് കഴിച്ചു മാനസികമായി വരുന്ന പ്രശ്നങ്ങൾ എല്ലാത്തിനും മരുന്ന് നെയ്യ അതിന് അത്ര ശക്തിയുണ്ട് എന്തുകൊണ്ട് അന്നത്തിന്റെ ആ സൂക്ഷ്മമായ ഭാഗം എന്ന് പറയും പാലിന്റെ ഒക്കെ സൂക്ഷ്മമായ ഭാഗമാണെന്ന് ഞാൻ പറയാം സൂക്ഷ്മമായ ആ ഭാഗം ബുദ്ധി പ്രവർത്തിപ്പിക്കും നല്ല ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുടും തപസ് ചെയ്യുന്നവർക്ക് ഭക്ഷണം നല്ലവണ്ണം കഴിക്കണമെന്നില്ല പക്ഷെ ചെറുകൊണ്ട് മനനോ ചെയ്യുന്നവർ നല്ല ഭക്ഷണം കഴിക്കണമില്ലെങ്കിൽ ഇവിടെ വന്നിരിക്കുമ്പോൾ വായും പൊളിച്ചിരുന്ന് ഉറങ്ങും ക്ഷീണം കൊണ്ട് ഭക്ഷണമൊന്നും കഴിക്കാതെ പട്ടിണികളൊന്നും തപസ്സുമൊക്കെ ചെയ്തിട്ട് ഇവിടെ ഇത് കേൾക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു പ്രയോജനമില്ല ഒന്നും തലയ്ക്കകത്ത് കേരളത്തിൽ അതുകൊണ്ട് ഉറങ്ങിപ്പോകുന്നതാണ് അല്ല മനഃപൂർവ്വം ഉറങ്ങുന്നതല്ല പിന്നെ തലയ്ക്കകത്തൊന്നുമില്ല മനസ്സില്ല വൃദ്ധ പ്രാപിച്ച മനസ്സില്ല ജനിച്ചപ്പോൾ കൊണ്ടു വന്ന സാധനമേ ഉള്ളൂ അതേ കുറെയൊക്കെ പോയി ഇതുവരെ ജീവിച്ച് കാര്യമായി മനസ്സ് ബുദ്ധി എന്ന് പറയുന്ന ഒരു സാധനമില്ല അതുകൊണ്ട് നല്ല ഭക്ഷണം കഴിക്കണം ഇല്ലെങ്കിൽ പണി നിർത്തുക നല്ല ഭക്ഷണം കഴിക്കാൻ അവസരമില്ലെങ്കിൽ ശ്രവണവും മനനവും നിര്ത്യാസനമൊക്കെ നിർത്തുക വേറെ തപസ് ചെയ്യുന്ന ചെയ്യുക അവസാനം പിത്തം പിടിച്ചിട്ട് അവന് ചികിത്സിച്ചാൽ ഈ കഷ്ടപ്പാട് ഉള്ളിരുന്നുറങ്ങേണ്ട കാര്യമുണ്ട് മനോരൂപേണ വിപരണമാ മനസ് ഉപചയം കരുതി മനസ്സിനെ വൃദ്ധയെ പ്രാപിക്കുന്നു തദശ് അന്ന ഉപചിതത്വ മനസ്സ് ഭൗതികത്വമേവ എന്ന വിശേഷി തന്ത്രമൊക്കെ ലക്ഷണം നിത്യം നിരവുകയും ചെയ്ത് ഗൃഹീത അതുകൊണ്ട് അന്നം കൊണ്ട് വർധിക്കുന്നതാണ് മനസ്സ് അത് അടുത്ത് പരീക്ഷണത്തിലൂടെ തെളിയിച്ചു കൊടുക്കും ഷോഡശ കല അല്ല ഒരു കല പോയിക്കഴിഞ്ഞാൽ അത്രയും ക്ഷീണിക്കും എന്നും ശ്രവണത്തിന് പറ്റത്തില്ല തദ്ദേശ അന്നോപജി തത്വ അന്നം കൊണ്ട് വൃത്തിയെ പ്രാപിച്ചിരിക്കുന്നുണ്ട് മനസ്സ് ഭൗതികത്വമേവാ മനസ്സ് ഭൗതികമാണ് വൈശേഷിക തന്ത്രോക്ത ലക്ഷണമാണ് വൈശേഷിക ശാസ്ത്രത്തിനും മറ്റും പറയുന്നത് പോലെ അത് നിത്യമാണ് നിരവയവമാണ് അണുമാണ് അതൊന്നും ശരിയല്ല അത് വൃദ്ധയെ പ്രാപിക്കുന്നതാണ് ഭക്ഷണം കഴിച്ച് പ്രാപിക്കുന്നതാണ് അതുകൊണ്ട് അദ്വൈതികൾ പൊതുവെ നല്ല ഭക്ഷണം കഴിക്കുന്നവരാണ് സ്വാമിമാരെയൊക്കെ ശ്രദ്ധിച്ചറിയാൻ നല്ല കുടവേറും തടിയുമൊക്കെ കാണും കാരണം അവർ ഭക്ഷണത്തോടൊന്നും വിട്ടു കഴിച്ചേണ്ട കാര്യമില്ല അത് അബദ്ധമാണ് നല്ല ഷുഗറോ കൊളസ്ട്രോളോ ഒന്നാ മരുന്ന് കഴിച്ചോളൂ പക്ഷെ ഭക്ഷണത്തിൽ കുറയ്ക്കരുത് കാരണം അത് ബുദ്ധിയെ ബാധിക്കും ബുദ്ധി നേരമായിരിക്കണെങ്കിൽ ഭക്ഷണം ശരി കഴിച്ചേ പറ്റും യഥി മനോഹസൈവം ചരിവിനാ നിത്യത്വ അപേക്ഷയാ മനോഹസം ചരി അടുത്തു പറയുവാന് തന്നെ മനസ്സാണ് അവന്റെ ചക്ഷു എന്ന് പറയുന്നതും എന്താണ് നിത്യത്വ അപേക്ഷയാണ് നിത്യമായതെന്ന് പറയുന്നില്ല സൂക്ഷ്മ വിപ്രകൃഷ്ടാദി സർവന്ദ്രിയ വിഷയവ്യാപകത്വ അപേക്ഷയാ മനസ്സ് എവിടെയും കയറി സൂര്യനിലും ചന്ദ്രനിലും പാതാളത്തിനും അണുവിലും മഹത്തിലും എല്ലാം ചെല്ലും അത് മനസ്സിന് മാത്രമുള്ള ഒരു വിശേഷതയാണ് അതാണ് സൂക്ഷ്മമായിരിക്കുന്നത് മറഞ്ഞിരിക്കുന്നത് ദൂരെ ഇരിക്കുന്നത് സർവ്വേന്ദ്രിയ വിഷയം വ്യാപകത്വം അപേക്ഷ അത് സർവേന്ദ്രിയങ്ങളിലൂടെയും സർവ്വ വിഷയങ്ങളിലും വ്യാപിക്കുന്നതിനുള്ള ക്ഷമതയാണ് അത് സൂക്ഷ്മവും വ്യാപകവുമാണ് അന്നം കൊണ്ട് വൃദ്ധിയെ പ്രാപിക്കുന്നതുമാണ് അതുകൊണ്ട് മനസ്സ് നിത്യമല്ല വൃദ്ധിയെ പ്രാപിക്കുന്നതാണ് നശിക്കുന്നതാണ് പക്ഷേ ആവശ്യമാണ് തച്ച അന്യ ഇന്ദ്രിയ വിഷയ അപേക്ഷയാ നിത്യത്വം തതപ്പി ആപേക്ഷികമേ വേദി മറ്റേന്ദ്രിയങ്ങളെ അപേക്ഷിച്ചതിനാൽ നിത്യം പറയാം എന്തുകൊണ്ട് കണ്ണും കണ്ണ് കാണാതായാലും മനസ്സുണ്ട് ചെവി കേൾക്കാതായാലും മനസ്സുണ്ട് വാർദ്ധക്യത്തെ പ്രാപിക്കുന്നു മനസ്സോടെ ഇന്ദ്രിയങ്ങളെല്ലാം പോയ അതുകൊണ്ട് അതിനപേക്ഷിച്ച് പറയാം മനസ്സല്ല സത്താണ് മനസ്സിനും ആപേക്ഷികമായ നിത്യത്വമുണ്ട് അതുകൊണ്ടാ മനസ്സ് അതിന്റെ വൃദ്ധി അതിന്റെ വളർച്ച അന്നം കൊണ്ടുണ്ടാകുന്നു അടുത്തു പറയുന്നു തഥാ അപഹപീതക്രേത അതുപോലെ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അത് മൂന്നാകുന്നു താസാമ്യ സ്ഥഭിഷ്ടോദ്ധാ അതുപോലെ എൻ്റെ സ്ഥൂലഭാഗം തത് മൂത്രം ഭവതി അത് മൂത്രമാകുന്നു വിസർജിക്കുന്നു യോ മധ്യമ തത് ലോഹിതം ഭവതി എന്റെ മധ്യമ ഭാഗം കുറച്ചുകൂടി സൂക്ഷ്മ രക്തമാകുന്നു യോ അനിഷ്ടഹസ്വ പ്രാണോഭവതി ഏറ്റവും സൂക്ഷ്മമായ ഭാഗവും പ്രാണമാകുന്നു അത് പറയാനുള്ള ഉദ്ദേശിക്കുന്നു ഏറ്റവും സ്ഥൂളവും മധ്യവും എങ്ങനെ പരിണമിക്കുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടില്ല ഇവിടെ സുര്യരുടെ താല്പര്യം കഴിക്കുന്ന അന്നത്തിന്റെ അതിസൂക്ഷ്മമായ ഭാഗം മനസ്സിനെ വളർത്തുന്നു അതേ ജലത്തിൻ്റെ അതിസൂക്ഷ്മമായ ഭാഗം പ്രാണനെ വർദ്ധിപ്പിക്കുന്നു പക്ഷേ പറയുന്നു ഇനി പറയും പ്രാണൻ അപോമയനാണ് ജലമയനാണ് പ്രാണൻ അന്നമയം ഹിസ്വം മനഃ എന്ന് പറയുന്ന ജലം കുടിക്കാതിരുന്നാലോ വിച്ഛത പ്രാണൻ ദുർബലമായി അതുകൊണ്ട് വെള്ളം കുടിക്കാതെയുള്ള തപസ് ശരീരത്തെ അത് നല്ലതാണ് ചീരാ സംബന്ധമൊന്നുള്ളതല്ല വെള്ളമൊന്നും കുടിക്കാതെ തപസ് ചെയ്ത് കഴിഞ്ഞാൽ ശരീരത്തെയും മനസ്സിനേക്കൊന്നും ഒരു പരിധിവരെ മെരുകുന്നതിന് സഹായിക്കും അത് സാമാന്യമായി മര്യാദയ്ക്കുള്ള തപസമാണ് കൂടിക്കഴിഞ്ഞാൽ അത് ശരീരപീഠമാകും രോഗത്തിന് കാരണമായി തീരും എന്തുകൊണ്ട് അതിന് ജലമാവശ്യമാണ് പ്രാണന് പ്രാണന്റെ ബലമാണ് ശരീരത്തിന്റെ ബലം പ്രാണന ഒരിക്കലും പാടില്ല അപ്പോൾ ആഹാര നിഹാര നിദ്ര മൈഥുനാദികളെല്ലാം മനുഷ്യൻ മിതത്വം പ്രാപിക്കണം എന്ന് പറയുന്നത് പ്രാണന്റെ ശക്തിയെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഇന്നപ്പിപ്പത്തോ വിച്ഛേസ്യത വെള്ളം കുടിക്കാതിരുന്നുകഴിഞ്ഞാൽ പ്രാണശരീരമിട്ട് പോകും അതുകൊണ്ട് ജലത്തിനും പ്രാധാന്യമുണ്ട് തഥാ തേജോ അസിധം തൈലഘൃതാദി ഭക്ഷിതം ത്രൈതാ വിധീയത പിന്നെ തൈലഘൃതാദി ഭക്ഷിതം എണ്ണ നെയ്യ് ഇതല്ല ഭക്ഷിതം തൈലം മുഖ്യമായിട്ട് എല്ലിൽ നിന്നുണ്ടാകുന്നു ശുദ്ധമായ എണ്ണ ത്രേ വിധിയിലെ അതും മൂന്നാകുന്നു അസ്ഥി അതിന്റെ സ്ഥൂലമായ ഭാഗം അസ്ഥിയാകുന്നു യോ മധ്യമ അതിന്റെ മധ്യഭാഗം മജ്ജയാകുന്നു അസ്ഥി അന്തർഗതസ്നേഹ അതിൻ്റെ ഉള്ളിലിരിക്കുന്ന ആ സ്നേഹം യോ അനിഷ്ട ഏറ്റവും സൂക്ഷ്മമായിരിക്കുന്നത് സതാണ് വാഗിന്ദ്രിയത്തെ പോഷിപ്പിക്കുന്നത് വാഗം ബുദ്ധിയുമായിട്ട് അത്യധികം ബന്ധമുണ്ട് അത് രണ്ടും വസൊന്നും രണ്ടും അഗ്നി അംശമാണ് അത് കഴിക്കുന്ന തൈലഗൃതാദികളുടെ അംശത്തിൽ നിന്നാണ് വാഗേന്ദ്രിയവും ബുദ്ധിയും ഉണ്ടാകുന്നത് ബുദ്ധി നേരെ ഇരുന്നാൽ വാക്ക് നേരെ ഇരിക്കും വാക്ക് നേരെയിരുന്നാൽ ബുദ്ധി നേരെ ഇരിക്കും തൈലഘൃതാ ഭക്ഷണാദി വാഗ്വിശദ ഭാഷ സമർത്ഥ ഭൗതി പ്രസിദ്ധം ലോകെ തൈലഘൃതാദി ഭക്ഷണങ്ങൾ കൊണ്ട് വാഗ്വിശദ വാക്ക് വ്യക്തമാകുന്നു ഭാഷമർ ഭാഷണം ചെയ്യുന്നതിന് വാക്കിന് ദാരിദ്ര്യം വരുന്നില്ല സമർത്ഥമായിരിക്കുന്നു കാരണം അത് ബുദ്ധിയും വർദ്ധിപ്പിക്കുന്നവരുപോലെ ബുദ്ധിയും വാക്കും ഒത്തിചേരുമ്പോൾ അയാൾ വാഗ്മിയായിത്തീരുന്നു പ്രസിദ്ധമില്ലോകെ അതുകൊണ്ടാണ് വേദപാഠികൾ വേദാധ്യയനം ചെയ്യുന്നവരെല്ലാം ധാരാളം നെയ്യ് കഴിക്കുന്നത് നെയ്യും തൈതുമൊക്കെ കഴിക്കുന്നത് കാരണം അവിടെ വാക്കിനാണ് മുഖ്യമായ പ്രവർത്തനം ആ നേരെ നീക്കണം വാക്ക് ബുദ്ധിയുമായിട്ട് യോഗിക്കണം വാക്കും എല്ലാം കൃത്യമായി ബുദ്ധിയുടെ സഹായത്തോടു കൂടി പ്രകടമാകണം എന്നാലും വേദന തെറ്റുകൂടാതെ ഉച്ചരിക്കാൻ പറ്റും അതുകൊണ്ട് അവർ ധാരാളം നെയ്യ് കഴിക്കുന്നു അതുകൊണ്ടാണ് പശുവിന് പൂജ്യത വന്നതും പശുവിൻ്റെ ഉൽപ്പന്നങ്ങൾക്കെല്ലാം ഇത്രയും വലിയ പവിത്രത വന്നതുമെല്ലാം ഈ വാക്കും ബുദ്ധിയും തമ്മിലുള്ള ബന്ധം അതിനെ പാലും നെയ്യുമൊക്കെ ഇങ്ങനെ പോഷിപ്പിക്കുന്നു ഷ്യമാരും മനസ്സിലാക്കിയിരുന്നത് കൊണ്ടാണ് അതുകൊണ്ട് പറഞ്ഞതിനോട് സംഹരിക്കുന്നു അന്നമയം ഹെ സോമി മനഃ ആപോമ ഹെ പ്രാണ തേജോമ ഈ വാക് ഈ മൂന്ന് കാര്യങ്ങൾ അന്നമയമാണ് മനസ്സ് ആപോമയം ജലമയമാണ് പ്രാണൻ തേജോമയം എന്നുവെച്ചാൽ ഭക്ഷണത്തിലെ തേജസാംശം എണ്ണയിൽ ഒക്കെ വരുന്ന അതിൽ നിന്നാണ് വാക്ക് ഉണ്ടാകുന്നത് യഥം അന്നമയം ഹിസ് അന്നമയമാണ് മനസ്സ് അപോമയമാണ് പ്രാണ തേജോമയ വാക് പറയുന്നത് ഈ പറയുന്നത് ശുദ്ധമായ അന്നം എല്ലാം ഭക്ഷിച്ച് ജീവിച്ച് പഴയ കാലത്തെക്കുറിച്ച് പറയുകയാണ് ഇനി പറയുന്ന ചിലപ്പോൾ ഇന്നത്തെ ആരോഗ്യശാസ്ത്രമൊന്നും സമ്മതിച്ചെന്നിരിക്കില്ല പഴയ രീതിക്ക് പറയുകയാണ് അതുപോലെ ശുദ്ധമായ അന്നം കഴിക്കാമെങ്കിൽ ഈ പറയുന്ന തരത്തിൽ തന്നെ അന്നമയനായ പ്രാണനും മനോജലമയനായ മനസ്സും തേജോമയനായ മയമായ വാക്കുമെല്ലാം ഉണ്ടാകും സംഭവിച്ചില്ലെന്ന് വരും എല്ലാം മലിനമായതുകൊണ്ട് നന്നു കേവല അന്ന ഭക്ഷണ ആഘുപ്രഭൃതിയോ വാഗ്മനഹ പ്രാണവന്ദച്ഛ ഇവിടത്തെ ഒരു പൂർവ്വപക്ഷം ഇന്നത്തെ നമ്മള് അറിവിന് യോജിക്കുന്ന പൂർവ്വപക്ഷമല്ല പക്ഷെ ഇത്തരം കാര്യങ്ങളെല്ലാം ഈ പ്രത്യേകിച്ച് ഈ ശങ്കരാചാര്യരുടെ കാലത്ത് അന്ന് നിലവിലിരുന്ന ശാസ്ത്രങ്ങൾ ആ ശാസ്ത്രങ്ങളിൽ പൊട്ട ശാസ്ത്രങ്ങളുണ്ട് ശാസ്ത്രമെല്ലാം ശരിയല്ല ശാസ്ത്രത്തിനും നല്ലൊന്നും പോരാത്തു നോക്കുന്നുണ്ട് പല കാര്യങ്ങളും ഭൗതികമായ വിഷയങ്ങളെ സംബന്ധിച്ച് പ്രാപഞ്ചികമായ വിഷയങ്ങളെ സംബന്ധിച്ച് ഒരാൾ പറയുന്ന മറ്റൊരു ഏറ്റുപറയുക ചിന്തിക്കാതെ അങ്ങനെ ഒരു സ്വഭാവം ഒന്നും ഉണ്ടായിരുന്നു അവരുടെ യുക്തിയും ബുദ്ധിയുമൊക്കെ ഈ ആധ്യാത്മിക മാത്രമേ ഭൗതികമായ വിഷയങ്ങൾ അങ്ങനെ അബദ്ധങ്ങളീ പണ്ഡിതന്മാരെല്ലാം പറഞ്ഞിരുന്നു ശങ്കരാചാര്യുൾപ്പെടെ ഉൾപ്പെടെയുള്ളവർ അതിനൊരു അബദ്ധമാണ് എന്ത് പറഞ്ഞു എന്ന് ചോദിച്ചാൽ അതൊരു വിശ്വാസം അവർ അങ്ങനെ പറയുന്നു മറ്റുള്ളവർ പറയുന്നു ഇരിക്കേജി ചിലരങ്ങനെ പറഞ്ഞു അതുകൊണ്ട് ഞങ്ങളും പറയും എന്താണോ പറയുന്നത് കേവലന്ന ഭക്ഷണഹ പറയുന്നതിന് ചുരുക്കം ഇതാണ് എലിവെള്ളം കുടിക്കത്തില്ലെന്ന് എലിവെള്ളം കുടിക്കില്ലെന്ന് പറഞ്ഞാൽ ി വെള്ളം കുടിക്കുന്ന സാധനം ആരും കാണാറില്ല അതെന്തെങ്കിലുമൊക്കെ തുരന്ന് തന്നെ കാണാറുള്ളൂ അതുകൊണ്ട് പറയുന്നു കേവല അന്നഭക്ഷണാഘോപ്രദേഹ ഇനി മാത്രമല്ല അതുപോലെയുള്ള പല ജീവികളും വെള്ളം കുടിക്കാത്ത ജീവികളാണ് അനുഭവം കാരണമായി പറയുന്നു വളരെ വരൾച്ചയുള്ള സ്ഥലങ്ങളിൽ ഇത് കണ്ടയ്ക്കാം ഇത് പോയി വെള്ളം കുടിക്കുന്നാരും കാണാറില്ല അതൊക്കെ കൊണ്ടായിരിക്കും അതിന്റെ ഇന്ന് ചെയ്യുന്ന ഇന്നത്തെ ഭൗതിക ശാസ്ത്രജ്ഞന്മാരെ പോലെ ഇതിന്റെ പുറകു പോയി പരീക്ഷണം നടത്താനും പരീക്ഷണം നടത്താനെന്നുള്ളവർക്കുണ്ടായിരുന്നില്ല ആരെങ്കിലും പറയുന്ന കൊട്ടത്തരങ്ങൾ കേൾക്കുക വിശ്വസിക്കുക അത് പറയുക ഇത്തരം ഒരുപാട് ഭാഷയത്തിൽ പറയുന്നുണ്ട് എലിയെ പോലെയുള്ള പല ജീവികളും പക്ഷേ വാഗ്മ ശബ്ദം പുറപ്പെടുവിക്കുന്നുണ്ട് പ്രാണമെന്താണോ പ്രാണനുമുണ്ട് മുമ്പ് പറഞ്ഞതിന് വിരോധമായില്ലേ എന്നാണ് മുമ്പ് പറഞ്ഞെന്താണ് അല്ലം കഴിച്ചാലേ മനസ്സ് ശരിയാകൂ ജലം കുടിച്ചാലേ പ്രാണൻ നിലനിൽക്കൂ തേജസ് വിളിച്ചെന്നാല് വാക്ക് ശരിയാകൂന്നൊക്കെ പറഞ്ഞു പക്ഷെ അതൊന്നും കഴിക്കാത്തതാണ് ആക്കുപ്രപ്രതേഹ അവർക്ക് വാക്കും പ്രാണനും അത് ശരിയല്ല എന്തുകൊണ്ട് ആ പ്രാണികൾ ഇതെല്ലാം കഴിക്കുന്നുണ്ട് മനുഷ്യൻ കഴിക്കുന്ന കൂടുതൽ നെയ്യ് കഴിക്കുന്നതാണ് എലി പിന്നെ എണ്ണയും കഴിക്കുന്നുണ്ട് വെള്ളം കുടിക്കുന്നുണ്ട് ഭക്ഷണവും കഴിക്കുന്നുണ്ട് പക്ഷെ അങ്ങനെ ഒരു കാര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഈ ചോദ്യം അപ്പം അതിനീകരിച്ചുകൊണ്ടാണ് ചോദ്യം അതാണ് ഇത്തരം പല ദൃഷ്ടാന്തങ്ങൾ പറയുന്നിടത്തും എല്ലാം ഈ ഭൗതികമായ കാര്യങ്ങളുള്ള അവരുടെ അജ്ഞത വളരെ വ്യക്തമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ധരിക്കുന്നതുപോലെ ഇവരും സർവജ്ഞന്മാരല്ല അവർ സർവജ്ഞന്മാരാണ് പക്ഷെ അത് സത്യനുഗ്രഹിച്ചുകൊണ്ടുള്ള സർവജ്ഞത്വമാണ് അല്ലാതെ ലോക വിഷയങ്ങളൊന്നും സർവജ്ഞന്മാരായിരുന്നില്ലായിരുന്നെങ്കിൽ ഇങ്ങനെയുള്ള അബദ്ധങ്ങളൊന്നും പറയത്തില്ലായിരുന്നു മറ്റുള്ളവർ പറയുന്നത് എന്താണെന്ന് പരിശോധിക്കാതെ പറയത്തില്ലായിരുന്നു അതുപോലെ വേറെ അബദ്ധം പറയുന്നു സമുദ്ര മീന മകരപ്രകൃതിയോ മനസ്സിനു വാഗ്മിനശ് തഥാ സ്നേഹപാനം പറയുന്നു സാമുദ്ര മീന മകര പ്രവളയ അവര് ധരിച്ചിരുന്ന എന്തെന്ന് പറഞ്ഞാൽ ഈ വെള്ളത്തിൽ കിടക്കുന്ന മത്സ്യങ്ങളെല്ലാം വെള്ളം മാത്രമേ കുടിക്കത്തുള്ളൂ എന്നാ വേറെ ഭക്ഷണമൊന്നും കഴിക്കത്തില്ല അതും ഒരു അബദ്ധവിശ്വാസമാണ് അവർക്കെങ്ങനെ മനസ്സുണ്ടാവും എന്നാണ് ചോദിക്കുന്നത് കാരണം വെള്ളം മാത്രമല്ലേ കുടിക്കുന്നുള്ളൂ അപ്പോൾ പൂർവക്ഷമാണ് പക്ഷെ പൂർവക്ഷത്തെ അംഗീകരിച്ചുകൊണ്ടാണ് മറുപടി പറയുന്നത് ക്ഷത്തിൽ പറയുന്ന ഈ അബദ്ധം ശ്രദ്ധാന്തി അംഗീകരിക്കുന്നതാണ് മത്സ്യം വെള്ളം കുടിച്ചു മാത്രമാണ് ജീവിക്കുന്നത് അത് വേറെ ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല പക്ഷേ അവയ്ക്ക് മനസ്സുണ്ട് വാഗ്മ ശബ്ദമുണ്ട് തഥാ സ്നേഹ സ്നേഹപാനമപി പ്രാണവത്വം മനസ്സിത്വം ചാനുമയെയും അതുപോലെ സ്നേഹ എണ്ണയും മറ്റും ആ അംശങ്ങൾ മാത്രം കഴിക്കുന്നവർക്ക് പ്രാണനുണ്ട് മനസ്സുണ്ട് അത് അനുമാനിക്കാവുന്നതേ ഉള്ളൂ ഏത്സന്ധിത്തത്ര കഥ അന്നമേഹി സൗമ്യമന ഇത്യാദിച്ഛ്യതേ ഇങ്ങനെയായിരിക്കേ പറയുന്നു ജലം കുടിക്കാതെ പ്രാണികളെ ജീവിക്കുന്നു ജലം മാത്രം കുടിച്ചുകൊണ്ട് പ്രാണികളെ ജീവിക്കുന്നു പക്ഷെ അവയ്ക്കെല്ലാം ഇതെല്ലാം ഉണ്ട് മനസ്സും പ്രാണനും എല്ലാം ഉണ്ട് അതങ്ങനെ ശരിയാകും വാക്കും എല്ലാം ഉണ്ട് എന്നാണ് ചോദിക്കുന്നത് ോഷ അതിന് സമാധാനം പറയുന്നു എന്താണ് സർവസ്യ ത്രികൃത സർവത്ര സർവപോത് അതിന് സമാധാനം പറയുന്നത് പൂർവക്ഷത്തെ അംഗീകരിച്ചുകൊണ്ടാണ് പറയുന്നത് ശരിയാണ് ജലം കഴിക്കാതെ ആണ് എലിയും മറ്റും പക്ഷേ അത് കഴിക്കുന്ന അന്നത്തിൽ ജലാംശമുണ്ട് ത്രി ഉത്കരണം കൊണ്ട് അതുപോലെ സമുദ്രത്തിൽ കിടക്കുന്ന മീനും മറ്റും ജലം മാത്രമേ കുടിക്കുന്നുണ്ട് പക്ഷെ ജലത്തിൽ ത്രി ഉത്കരണം അന്നമുണ്ട് അതുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ അന്നം പോകുന്നുണ്ടെന്നാണ് അല്ല നേരിട്ട് അന്നം ഭക്ഷിക്കുന്നു എന്നു പറയുന്നില്ല ആഘോഷവും മറ്റും നേരിട്ട് ജനം കുടിക്കുന്നു എന്നും പറയുന്നില്ല അങ്ങനെ കുടിക്കുന്നില്ല ഒരു വിശ്വാസം ഇത്തരം കാര്യങ്ങൾ കേവല വിശ്വാസമാണ് പരീക്ഷിച്ചറിയുകയാണ് ഇത് പഴയ ആൾക്കാരുടെ ഒരു കുഴപ്പമാണ് കാരണം ഭൗതികമായ കാര്യങ്ങൾ അവർക്ക് ശ്രദ്ധ ഉണ്ടായിരുന്നില്ല ഇത്തരം കാര്യങ്ങൾ ഒരു നിരീക്ഷണബുദ്ധി പരീക്ഷണബുദ്ധി ഉണ്ടായിരുന്നു അവരുടെ നിരീക്ഷണങ്ങളെ ഒരുപക്ഷെ ആത്മനിഷ്ഠമായ ഇങ്ങനെ സംഭവിച്ചു എന്നുവെച്ചാൽ അവർ പ്രാധാന്യം കല്പിച്ചില്ല അതുകൊണ്ട് അത്തരം അബദ്ധങ്ങള് അതുപോലെ തന്നെ സ്വീകരിക്കേണ്ടിയും അപ്പൊ അതിന് സമാധാനം പറയുന്നത് എന്താണോ ജലം മാത്രം കഴിക്കുന്ന ജീവികളിലും ആ ജലത്തില് തൃത്കരണം കൊണ്ട് മറ്റ് ഭൂതങ്ങൾ കലർന്നിരിക്കുന്നോണ്ട് അവയ്ക്കും മനസ്സും പ്രാണനും വാക്കും ഉണ്ട് അതുപോലെ അന്നം മാത്രം കഴിക്കുന്ന ജീവികളിലും അന്നത്തിൽ ജലവും മറ്റും കലർന്നിരിക്കുന്നോണ്ട് അവയ്ക്കും മനസ്സും പ്രാണനും വാക്കും ഉണ്ട് അന്നമിനാദി ആപോവ അിയന്ത തേജോവ അത്കൃതം അശ്വനാദി അത് പറയുന്നു ഓരോന്നും പറയുന്നു അങ്ങനെ അല്ലാത്ത അന്നം ഭക്ഷിക്കുന്നില്ല ത്രിവുത്കരണ സംഭവം അല്ലെങ്കിൽ പഞ്ചീകരണം സംഭവിക്കാത്ത അന്നം ഭക്ഷിക്കുന്നില്ല പഞ്ചീകരണം സംഭവിക്കാത്ത ജലം കുടിക്കുന്നില്ല പഞ്ചീകരണം സംഭവിക്കാത്ത തേജസ് ഭക്ഷിക്കുന്നില്ല ആരും അതുകൊണ്ട് കശ്യ അന്നാദാനം ആഘുപ്രവൃതീനം വാഗ്മിത്വം അതുകൊണ്ട് വീണ്ടും അത് എടുത്തു പറയും അന്നം മാത്രം ഭക്ഷിക്കുന്ന ആഖുകൾക്കും മറ്റും ശബ്ദമുണ്ട് പ്രാണവത്വം പ്രാണനുണ്ട് ഇത്യാദി വിരുദ്ധോഷവൊന്നുമില്ല അതുപോലെ മത്സ്യങ്ങൾക്കും ജലം മാത്രം കുടിച്ചിട്ടും അവയിലും മറ്റുള്ളതെല്ലാം ഉണ്ട് എന്ന് അതിന് സമർത്ഥിക്കും മനുഷ്യൻ ജലം മാത്രം കുടിച്ചാണ് ജീവിക്കുന്നതെന്നുള്ളത് അതിന് സമർത്ഥിക്കും ഇതുപോലെ ഉദാഹരണങ്ങളിൽ ഇനിയും ധാരാളം ഉദാഹരണങ്ങളുണ്ട് ഇതിനെക്കുറിച്ച് ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട് ഭൗതികമായ വിഷയങ്ങളിൽ വേണ്ടത്ര അവബോധമില്ലാതെ ഇരിക്കുക അത് ഈ പ്രത്യേകിച്ചും ഈ ശാസ്ത്രം പഠിക്കുന്നവർക്ക് ഏതെങ്കിലും ഒരു ശാസ്ത്രം പഠിക്കുന്നവർ ന്യായശാസ്ത്രം പഠിക്കുക വ്യാകരണം പഠിക്കുക അല്ലെങ്കിൽ അദ്വൈതം പഠിക്കുക സംഖ്യം പഠിക്കുക എന്തെങ്കിലും ശാസ്ത്രങ്ങളിൽ മാത്രം ബുദ്ധിയെ കേന്ദ്രീകരിച്ച് പഠിക്കുന്നവർക്ക് പഴയ കാലത്തുണ്ടായിരുന്നു മറ്റു വിഷയങ്ങളെക്കുറിച്ച് അജ്ഞരാകും കാരണം ഒരു ശാസ്ത്ര അന്ന് പഠിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാം മനഃപ്പാടം ചെയ്യുക മാക്കൽ ഉറപ്പിക്കുക ചെയ്യുന്നുണ്ടാവും അപ്പോൾ വേണ്ടിയിട്ട് ധാരാളം പ്രയത്നവും സമയവും ആവശ്യമാണ് അപ്പം ജീവിതത്തിൻ്റെ മുഴുവൻ സമയം ഇതിനുവേണ്ടി തന്നെ ചിലവാകും ചിലവാകുമ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കാനോ പഠിക്കാനോ സമയം കിട്ടത്തില്ല അതുകൊണ്ടാണ് മറ്റുള്ള വിഷയങ്ങളിൽ അച്ഛന്മാരായി പോകുന്നത് പിന്നെ അവർ സർവജ്ഞന്മാരാണെന്നൊക്കെ പറയുന്നത് നമ്മുടെ സങ്കല്പത്തിലുള്ള സർവജ്ഞതയാണ് വാസ്തവത്തിലുള്ള സർവജ്ഞത അല്ല നമ്മൾ ഗ്രഹിക്കുന്നു നിത്യവും പ്രത്യായി ദഹശ്യാഹ് ഇങ്ങനെ ബോധിപ്പിക്കപ്പെട്ടോ ഏതു പറഞ്ഞു എന്നാണ് ഭൂയേയോ പുനരയോ മാമാം ഭഗവാൻ അന്നമേയും ഹിസ്മന ഇത്യാദി വിജ്ഞാപേതു ഇത് ഇത്തരം അബദ്ധങ്ങൾ പറയുന്നത് പിന്നെ ആചാര്യന്മാര് മാത്രമല്ല ശ്രുതിയും പറഞ്ഞിട്ടുള്ളത് അങ്ങനെ അങ്ങനെ വരുന്നിടത്ത് എന്താ ചെയ്യുന്നത് അത് ശ്രുതിയല്ല എന്ന് പറഞ്ഞാൽ തള്ളിക്കളയാനെങ്കിൽ വൃത്തിയാണ് ദയാനന്ദ സ്വാമിയും മറ്റും അതാണ് ചെയ്യുന്നത് ശ്രുതിയിലും ചിലപ്പോൾ പല കൂട്ടത്തരങ്ങളും വന്നു കഴിഞ്ഞാൽ അത് ശ്രുതിയല്ല ആരോ അത് പിൽക്കാലത്ത് കൂട്ടിച്ചേർത്താണ് എന്ന് പറഞ്ഞ് അത് അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിലും അങ്ങനെ എന്തെങ്കിലും അബദ്ധം പറഞ്ഞു കഴിഞ്ഞാൽ അത് അന്നത്തെ കാലത്തിൽ പറ്റി അബദ്ധമാണെന്ന് പറഞ്ഞ് നമ്മളതിനെ തള്ളിക്കളയാനേ പറ്റും അല്ല അവർ സർവജ്ഞന്മാരാണ് അതുകൊണ്ട് അവർ പറഞ്ഞത് ശരിയാണ് എന്ന് ചിന്തിക്കുന്നതിൽ അർത്ഥമൊന്നുമില്ല കാരണം അത് അവന് ബുദ്ധിയെ പണയപ്പെടുത്തേണ്ടി വരും അനുഭവ യുക്തിക്കൊന്നും വിലയില്ലാത്തവർ അപ്പൊ അത് അങ്ങനെ സ്വീകരിക്കാൻ പറ്റത്തില്ല അബദ്ധം ആര് പറഞ്ഞാലും അബദ്ധം തന്നെ കാലാതെ വി ശരി ബാലനാണ് പറഞ്ഞാലും ശരി ശരി ശരിയായി തന്നെ സ്വീകരിക്കും അതാണ് ശാസ്ത്രജ്ഞന്മാരുടെ നിലപാട് ഇത് കാരണം അവരെ ബോധ്യപ്പെടുത്തിക്കൊഴിഞ്ഞാൽ അവരെ തള്ളിക്കളേയും അങ്ങനെയാണെങ്കിൽ അതല്ല ഇന്ന് സ്വയം തിരുത്താൻ തയ്യാറാവും പക്ഷെ ഇന്നും നമുക്കത് തിരുത്താൻ തയ്യാറാകത്തില്ല നമ്മുടെ അബദ്ധവിശ്വാസങ്ങളുമുണ്ട് സർവഞ്ജന്മാരാണ് അവർക്കൊരിക്കലും തെറ്റുപറ്റത്തില്ല എന്ന് പറയും അത് അവരുടെയൊക്കെ ജീവിത കഥകൾ തന്നെ എടുത്തു കഴിഞ്ഞാൽ ഒരാളിന്റെ ജീവിത കഥ എടുത്ത് പരിശോധിച്ചാലും ശരി അവിടെ നമുക്ക് തെളിവ് കിട്ടും സർവജ്ഞത്വം ഇല്ല എന്നുള്ളതാണ് ഈ ഇത്തരം ആചാര്യന്മാരുടെ നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള സർവജ്ഞത്വം ആത്മനിഷ്ഠയാകുന്ന സർവജ്ഞത്വം ഉണ്ടാവും ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള അവർ പറയത്തില്ല ഇത് വൃത്തിയായി ദേഹീത് ഇതൊരു ഹൈത്രിയൊക്കെ ബോധിപ്പിച്ചു കഴിഞ്ഞപ്പോ ഇവിടെ ശ്രുതിയുടെ താല്പര്യം നിൽച്ച തത്വത്തെ ബോധിപ്പിക്കും പ്രപഞ്ചവിസ്താരത്തെ ബോധിപ്പിക്കുകയല്ല പ്രപഞ്ചത്തിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട് അതെങ്ങനെയാണ് അത് ബോധിപ്പിക്കുകയല്ല അതിന്റെ പരമായ തത്വത്തെ ബോധിപ്പിക്കുന്നു ഇത്യാദി വിജ്ഞാപയതു ദൃഷ്ടാന്തേന അവഗമയതു മനസ്സ് പ്രാണൻ വാവ് ആന്തരികമായ സൂക്ഷ്മമായ ഇന്ദ്രിയങ്ങളെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് ബോധിപ്പിക്കുന്നത് അപ്പോൾ അത് ബോധിപ്പിച്ചുകഴിഞ്ഞപ്പോ കണ് ഇതാണല്ലോ ഉപകരണം സത്യത്തെ ഗ്രഹിക്കുന്നതിനും ഇതാണ് ഉപകരണം അപ്പം അത് ശരിയായെന്ന് മനസ്സിലാക്കി ബാഹ്യമായ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു ഈ കാണുന്നതെല്ലാം ത്രിനിരൂപാണ് ഇത്യവസത്യം ഇതെല്ലാം മൂന്ന് രൂപങ്ങളാണ് ഇനി ഉള്ളിലുള്ള കാര്യത്തെ കുറിച്ച് അങ്ങനെ ചെന്ന് അവസാനം പറയുന്നത് നീ അതാണ് ആ സത്താണെന്ന് പറയുന്നത് അതിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടാണ് ബാഹ്യമായ വിഷയങ്ങളെക്കുറിച്ച് ആദ്യം പരിചയപ്പെടുത്തി അത് സത്താണെന്ന് പറഞ്ഞതിനുള്ളിലേക്ക് മനസ്സും പ്രാണനും ബുദ്ധിയുടെയും വാക്കിൻ്റെയും ഒക്കെ സൂക്ഷ്മമായ തലത്തിലേക്ക് കടന്നപ്പോ ജിജ്ഞാസ ഉണ്ടാകുന്നു അതൊന്നുകൂടി ഒന്ന് വ്യക്തമാക്കിത്തരണം എന്താണ് മനസ്സ് അതെങ്ങനെ പ്രവർത്തിക്കുന്നു ദൃഷ്ടാന്തേനാപകമേതു വ്യക്തമായി മനസ്സിലാക്കുന്ന വെച്ചാൽ എനിക്ക് പറയുന്നത് പൂർണ്ണമായും പിടികിട്ടുന്നില്ല ഉദാഹരണ സഹിതം അധ്യാപിമനസ് നടത്തിയ സമയം നിശ്ചയോചാതായി കാര്യത്തിൽ എനിക്ക് ഇതുവരെ വ്യക്തമായൊരു ധാരണ ഉണ്ടായിട്ടില്ല anna യമാേജോന്നയെസ്നേഹജാതിന് <coughs> ഈ ശരീരം അതെന്താണ് തേജോപന്നമയത്വേന അവിശിഷ്ടി ദേഹി ഇതെല്ലാം തന്നെ തേജോപന്നമയമാണ് ഈ ശരീരം മുഖ്യമായിട്ട് അതിൽ നമുക്ക് അനുഭവപ്പെടുന്നു കുടവായും ആകാശമൊന്നും കാണുന്നില്ലല്ലോ അതിൽ കഴിക്കുന്ന അന്നം കുടിക്കുന്ന ജലം തേജസ് ഇതിൻ്റെയെല്ലാം സൂക്ഷ്മരൂപങ്ങൾ ഉള്ളിച്ചേർന്ന് ഉള്ളിച്ചെന്ന് അത് സൂക്ഷ്മമായി പ്രാണനെയും മനസ്സിനെയൊക്കെ വളർത്തുന്നു അത് ക്രമമായിട്ട് നിയമപൂർവ്വം ഇതൊക്കെ മനസ്സിലാക്കുന്നതിന് എനിക്കൊന്ന് ബോധ്യപ്പെടുന്നേന് ദുർവിജ്ഞയും വിജ്ഞാഭിപ്രായവും അത്ഭൂയ അതുകൊണ്ട് അതൊന്നുകൂടി വ്യക്തമാക്കി തന്നാലും കേൾക്കുന്ന ഒന്നും ബോധ്യപ്പെടുന്നത് അതിനേക്കാൾ കുറച്ചുകൂടി വിശേഷമായിട്ടുള്ളതാണ് കേൾക്കുന്നു പക്ഷെ ബോധ്യപ്പെടുന്നില്ല ഒരാൾ പറയുന്നു അയാൾ സദാചാരിയാണ് ഒരാളെ കുറിച്ച് പറയുന്നു അയാൾ ദുരാചാരി ആണ് പക്ഷെ അത് ബോധ്യപ്പെടുക എന്ന് പറയുമ്പോൾ നേരിട്ട് സത്യമാണ് കേൾക്കുന്നു പക്ഷെ ബോധ്യപ്പെടുക എന്ന് പറയുമ്പോൾ സ്വ ആ അനുഭവം തന്നെയാണ് ബോധ്യപ്പെട്ടത് പറയുന്നത് ദൃഷ്ടിയോഗ്യമായിരിക്കുന്നത് ദൃഷ്ടിയോഗ്യമാകുമ്പോൾ അത് ബോധ്യപ്പെടലാണ് ഹിമാലയം കേൾക്കുന്നു പക്ഷെ അത് ദൃഷ്ടി യോഗ്യമാണ് അത് ദൃഷ്ടിയോഗ്യമാകുമ്പോൾ ദൃഷ്ടിക്ക് വിഷയമാകുമ്പോൾ അത് അനുഭവമായി അതുപോലെ ഓരോ വിഷയങ്ങളെ സംബന്ധിച്ചും ഓരോ ഇന്ത്യ യോഗ്യത്വം അതുപോലെ മനസ്സിനെ സംബന്ധിച്ചും മനോയോഗ്യത വന്നിട്ടുണ്ട് മനോയോഗ്യമായിരിക്കുന്ന ഒന്നിനെ ഒന്നും മനസ്സിന് വിഷയമാകുമ്പോൾ അത് അനുഭവമായി ഇന്ദ്രിയ യോഗ്യമായിരിക്കുന്നു ഇന്ദ്രിയ വിഷയമാകുമ്പോ അതിനാണ് അനുഭവം എന്ന് പറയുന്നു ആ അത് വരണം അത് വേണം മനസ് അന്നം കൊണ്ട് വൃത്തിയെ പ്രാപിക്കുന്നു എന്ന് പറയുമ്പോ അത് മനസ്സുകൊണ്ട് തന്നെ അറിയേണ്ട കാര്യമാണ് അനുഭവത്തിൽ വരണം അത് അനുഭവം വരാൻ തമിഴ് മുക്തവന്തം തഥാസ്തൗമ്യാചിതാ ശോത്ര ദൃഷ്ടാന്തം യഥാ യുദ്ധ ഉപദ്ധ്യത ീ എന്താണ് ചോദിക്കുന്നത് അത് ഞാൻ വ്യക്തമാക്കിത്തരാം നിനക്കത് മനസ്സിലാകും ദുർവിജയമാണെങ്കിലും എന്ന് പറഞ്ഞ അടുത്ത് ഉപദേശിക്കുന്നു स धदीषद अपम्य पीयमानिमादी स स प्राणो तेजसोम्यन से सऊर्धदी स स वग्भव അന്നമയം ഹി സോമ്യം മന ആപോമയോ പ്രാണത്തെജോമീവാഗി ഭൂയമേ മാ ഭഗവാൻ വിജ്ഞാതോ സൗമ്യമധ്യമാനസേ വണിമാണുഭാവസമുദീഷതി संभूय ഊർധം നവനീതാവന ഗശ്യതി തർഭവതി പറയുന്നു പാല് കടയുന്നു കടയുമ്പോൾ അതിലെ ഒരു സൂക്ഷ്മമായ ഭാഗം അത് മുകളിലേക്ക് വരുന്നത് അത് ഉരുക്കി നെയ്യായി മാറുന്നു ഒരു വസ്തുവിന്റെ സാരമായ ഭാഗം അത് അതിലെ ശ്രേഷ്ഠമായിരിക്കുന്നു യഥായും ദൃഷ്ടാന്ത മേഘു സോമ അന്നസ്യോദന ഉദരിനാ വായുസൈദേ ഖജേനയോ മധ്യമാനസി അണിമ ഊർധ സമുദ്ദീഷതി ഇതേപോലെ തന്നെ അവിടെ എന്താണ് കടകോലുകൊണ്ട് പാലിനെ കടയുമ്പോൾ അവിടെ അതിസൂക്ഷ്മമായൊരു ഭാഗം അതിൽ നിന്ന് വേറിതിരിഞ്ഞ് വെണ്ണയായി മാറുന്നത് പോലെ സോമ്യ അന്നസ്യ ഓദനാദേഹി അശ്യമാനസ്യ ഭക്ഷണം ജലം ഇതെല്ലാം ഉള്ളിച്ചെന്ന് കഴിഞ്ഞാൽ പുച്യമാനസ്യ ഉദരി അഗ്നിസിന ഉള്ളിലൊരു അഗ്നിയുണ്ട് ീ പാകത്തിന് സഹായിക്കുന്ന ഊർജം ഊർജ ശക്തി അതിനാണ് അഗ്നി എന്ന് പറയുന്നത് വായുസഹിതേന പ്രാണൻ വേണ അവിടെ പ്രാണനോടുകൂടി ചേർന്ന് ഖജേന ഖജ കടകോ മന്ധം അതുകൊണ്ട് മധ്യമാനസ്യം അതുകൊണ്ട് കടയുന്നത് ഉള്ളിൽ അമാശയത്തിൽ താളം നടക്കുന്ന ഭക്ഷണത്തെവിടെ കടയുകയാണ് ഭജിപ്പിക്കുന്നു അതിന് യോണിമാസ ഊർജ്വം സമുദ്രി നിന്ന് വേർതിരിഞ്ഞു വരുന്ന സാരഭൂതമായി വരുന്ന ശ്രേഷ്ഠമായ അംശം തന്മനോഭൂതി അത് മനസ്സായി മാറുന്നു അത് ദുഷ്ടാന്തത്തിൽ കാണിച്ചു കൊടുക്കുകയാണ് പാലെന്ന് പറയുന്നതിൽ ഒന്നും കാണാനില്ല പക്ഷെ അത് കടഞ്ഞു വരുമ്പോൾ അതിൽ നിന്ന് വേർതിരിയുന്ന ഒരു പ്രത്യേക സാധനം അത് വെണ്ണയായി മാറുന്നു അതുപോലെ കഴിക്കുന്ന ഈ ഭക്ഷണത്തിൽ മനസ്സൊന്നും കാണാനില്ല പക്ഷെ അത് ഉളിച്ചെന്ന് കഴിഞ്ഞാൽ അത് ശരിക്കും പാകം ചെയ്ത് കഴിയുമ്പോൾ അതിൽ നിന്ന് ഒരംശം മനസ്സായി മാറും അതുകൊണ്ടാണ് ശ്രുതി പലയിടത്തും പറയും അന്നം മനസ്സിനെ സ്വാധീനിക്കുന്നു എന്ന് പറയും മത്സ്യമാംസങ്ങളൊക്കെ ഭക്ഷിക്കാൻ ഇഷ്ടമുള്ളവര് പറയും അതിലൊന്നും കഴമ്പില്ല ഭക്ഷണമല്ല മനസ്സിനെ സ്വാധീനിക്കുന്നൊന്നുമില്ല മാംസഭക്ഷണം കഴിക്കുന്നവർ ശാന്തപ്രകൃതികളുണ്ട് മറിച്ച് സസ്യാഹാരം കഴിക്കുന്നവര് ക്രൂരന്മാരുണ്ട് ഇതെല്ലാം ഈ ഉദാഹരണങ്ങളല്ല അപൂർവമായ ഉദാഹരണങ്ങളെല്ലാം അടുത്ത് കാണിച്ചിട്ട് പറയും പക്ഷെ ഇവിടുത്തെ സാമാന്യമായ തത്വത്തെ പറയുന്ന എന്താണ് കഴിക്കുന്ന ഭക്ഷണം മനസ്സിനെ സ്വാധീനിക്കുന്നുണ്ട് അതിന് തെളിവണമെങ്കിൽ കഞ്ചാവോ കള്ളമൊക്കെ കുടിച്ചു നോക്കിയാൽ മതി അപ്പോൾ അറിയും മനസ്സിനെ ഇത് സ്വാധീനിക്കുന്നുണ്ടോ ഈ വാദ ഈ വ വാദം ഇത് കുറച്ച് കൊടുത്തിട്ട് നോക്കിയാൽ പരീക്ഷാൻ പറഞ്ഞാൽ മതി മനസ്സിനെ കഴിക്കുന്നത് സ്വാധീനിക്കുന്നുണ്ടോ ഇല്ലയോ അപ്പോ മനസ്സിലാവും വാദം കൊണ്ട് മനസ്സിലാകത്തില്ല അനുഭവത്തിൽ വരണം അപ്പോ മനസിലാവും അന്നത്തിന്റെ ആവശ്യം മനസ്സിനെ സ്വാധീനിക്കുന്നത് സാത്വികമായ അന്നം ഭക്ഷിച്ചു കഴിഞ്ഞാൽ സാത്വികമായ മനസ്സുണ്ടാകും അതാണ് ആധ്യാത്മിക സാധകന്മാർക്ക് മത്സ്യമാംസാദികളൊന്നും ഭക്ഷിക്കാൻ പാടില്ല ഹിംസാത്മകമായ ഭക്ഷണം താമസമായ ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നത് അതിന് പ്രമാണ ഈ ഭാഗമാണ് അതുകൊണ്ട് നമുക്ക് ഇഷ്ടമാണ് അതെല്ലാം ഇഷ്ടമാണ് അതുകൊണ്ട് അതിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ഇത് ശരിയല്ല എന്ന് പറഞ്ഞാൽ അത് ശരിയാകും കിട്ടും അത് യുക്തിക്കും അനുഭവത്തിനും നിനക്കുന്ന ഭക്ഷണം മനസ്സിന് തീർച്ചയായും സ്വാധീനിക്കും പ്രത്യേകിച്ചും അതിനോട് ഇനിയും ഒരാൾക്ക് വിശേഷിച്ച് താല്പര്യമുണ്ട് ആസക്തിയുണ്ട് അത് വിടാൻ കഴിയുന്നുണ്ടെങ്കിൽ കഴിക്കാം ദോഷമൊന്നുമില്ല പക്ഷെ ആധ്യാത്മിക സാധനയ്ക്ക് അത് ദോഷം ചെയ്യില്ല എന്ന് പറയാൻ പറ്റും ധ്യാത്മികമായ സാധനയ്ക്ക് മനസ്സിനെ താമസവും ലാജസവും ആക്കുന്നതിന് അത് സഹായിക്കും ആധ്യാത്മിക സാധനയ്ക്ക് അത് ദോഷം ചെയ്യുന്നത് തന്നെയാണ് എന്തുകൊണ്ടത് വ്യക്തമായി പറയുന്നു ആഹാരം മനസ്സിനെ സ്വാധീനിക്കുന്നു അതുപോലെ തഥാ ആപ്പാം സൗമ്യ പിയമാനാണ് അണിമാസ ഊർദ്ധം സമുദ്രീശതി സപ്രാണോ അതുപോലെ ജലം ഭഗതി അതിൻ്റെ ഭാഗം പ്രാണനാകുന്നു തേജസ്വശ്യ മനസ്യമ തേജസ്സിന്റെ എണ്ണയിൽ നിന്നെയും അതിൻ്റെയൊക്കെ സൂക്ഷ്മമായ ഭാഗം സൌർദ്ദം സമൃദ്ധി ഷതി സവാക് ഭവതി അതിൻ്റെ സൂക്ഷ്മമായ ഭാഗം വാക്കാവുന്നു അതൊക്കെ ശുദ്ധമായ എല്ലാം കഴിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ സംഭവിക്കും ഇന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ശരീരത്തിന് പല ദോഷങ്ങളൊക്കെ വരുന്നു ഭക്ഷണത്തിൽ ദോഷമുള്ളതുകൊണ്ട് അതുകൊണ്ട് എന്താണ് അന്നമയം അത് ആവർത്തിക്കുകയാണ് മനസ്സന്നാണ് അപ്പോൾ മനസ്സിലാക്കുക ഇതെല്ലാം ത്രിണി ഭൂതാനി മൂന്ന് ഭൂതങ്ങൾ അതിന്റെ വികാരമാണ് ഉള്ളും പറമ്പെല്ലാം അത് മനസ്സിലാക്കുകയാണ് അഭിപ്രായ അതോ അപ് തേജസ് അസ്തു ഏക സർവം ദൈവം അതുകൊണ്ട് മനസ്സിലാക്കേണ്ടതാണ് അപ്പ് തേജസ് അന്നം ഈ മൂന്ന് ഭൂതങ്ങളാണ് സർവവും ബാഹ്യമായ പ്രതീതിക്ക് വിഷയമായിരിക്കുന്ന ഈ ജഗത്തും ആന്തരീയമായി ഈ പ്രതീതിക്ക് ഉപകരണമായിരിക്കുന്ന ഇന്ദ്രിയങ്ങളും മനസ്സും എല്ലാം ഈ ഭൂതാത്മകമാണ് പഞ്ചഭൂതാത്മകമാണ് മനസ്തു അന്നമയത്രേനമാണ് നിശ്ചയവും ഭഗവാൻ മനസ് വർണ്ണമേത്തുതേന വിജ്ഞാപയം പറയുന്ന കാര്യം എനിക്ക് വ്യക്തിക്ക് ബോധ്യപ്പെടുന്നുണ്ടെങ്കിലും അത് അനുഭവത്തിൽ വരുന്നില്ല ഒന്നുകൂടി അത് വ്യക്തമാക്കണം അതുകൊണ്ട് വീണ്ടും അതിനെ വിശദമാക്കുന്നു അടുത്ത ഷോഡശകല സോമ്യ പുരുഷ പഞ്ചദിമി बदो नम ആപോമയപ്രാണോ നപ്പിപദോ വിച്ഛ്യത സഞ്ചദശഹാനി നാഥ ഹൈനമുപം്രവീമി ഭൂഹിച സോമ്യയജുംഷിസാമാനീതി സഹോവാദനമേമാ പ്രതിഭാന്തി ഭോതി ം ഉച്ചയോമ്യഹതോ അഭ്യസേ അംഗാരോതമാത്ര പരിശിഷ്ടഹേത് ഏവം സോമ്യത്തെ ഷോഡശനം കലാ ഏകാ കലശിഷ്ട അനസഭോക്തി ഷോടധ പ്രവിഭജ്യ പരുഷ കലാം സ ദ്വിദീക്ഷിത ഇവിടെ പറയുന്നത് പുരുഷന് ഷോടശ കലയുണ്ട് കല എന്ന് വെച്ചാൽ അംശം പതിനാറ് അംശങ്ങളുണ്ട് എന്താണ് ഈ പതിനാറ് അംശം എന്ന് പറയുന്നത് പറയുന്നു അന്നസിതിയോ അനിഷ്ടോ ധാതുഹോ കഴിക്കുന്ന അന്നത്തിന്റെ ഏറ്റവും സൂക്ഷ്മമായ അംശം സ മനസ് ശക്തി അധാത് അത് മനസ്സിന് ശക്തിയെ അന്നം കൊണ്ട് ശക്തി പ്രാപിച്ച മനസ് ശക്തി മനസ്സിന് അന്നം കൊണ്ട് ശക്തി പ്രാപിക്കുന്നു അതിന് ഷോഡശ അതിന് പതിനാറ് ഭാഗമാകും സങ്കല്പിക്കുക അതിന് പതിനാറ് ഭാഗമുണ്ട് എന്നിട്ട് അതിൻ്റെ ഒരംശം പുരുഷന്റെ രണ്ടാമത്തത് പുരുഷൻ്റെ മൂന്നാമത്തത് പുരുഷൻ്റെ എന്നിങ്ങനെ പതിനാറ് അംശങ്ങളുണ്ടെന്ന് പറയുന്നു എന്താണ് അന്നത്തിൽ നിന്നും മനസ്സിന് വരുന്ന ആ ശക്തി അന്നപൂർണമായിരിക്കുന്ന ആ മനസ്സ് നല്ല ശക്തമായ മനസ്സ് അതിനെ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി പറയണം ഈ ഒരു കാര്യം ചെയ്യുക അതിന് ഒരു പതിനാറ് ഭാഗം ഉണ്ടെന്ന് കണക്കാക്കുക എന്തിനു വേണ്ടി അടുത്തൊരു പരീക്ഷണം നടത്താൻ തയാ മനസ്സി അന്നോപജിതയ ശക്തി ഷോഡശത പ്രവിഭക്തയ സംയുക്ത തദ്വൻ കാര്യകരണ സംഘാത ലക്ഷ്മോ ജീവവിശിഷ്ട പുരുഷ കൊണ്ട് വൃത്തി പ്രാപിച്ച ഈ മനസ്സ് പതിനാറ് അംശങ്ങളോടുകൂടിയ മനസ്സ് ആ മനസ്സ് ശരീരം ഈ ശരീരത്തോടു കൂടിയിരിക്കുന്ന ആ ജീവൻ ആ പുരുഷൻ അവനഷോഡക പതിനാറ് അംശമുള്ള അവനെന്ന് പറയുന്നു സത്യം ദുഷ്ട ശ്രോത മന്ദ ബോധ കർത്ത വിജ്ഞാത സർവക്രിയ സമർത്ഥ പുരുഷോഭവതി ആ മനസ്സ് പതിനാറ് കലകളോടുകൂടി പൂർണ്ണമായിരുന്നു എന്നിട്ട് അതിൻ്റെ പൂർണ്ണ ശക്തിയോടുകൂടി ഇരുന്നാൽ ഈ ജീവനെ ഈ പുരുഷന് കാണാനും കേൾക്കാനും മണക്കാനും രചിക്കാനും ഭക്ഷിക്കാനും എല്ലാം കഴിയും അല്ലെങ്കിൽ അതൊന്നും സാധ്യമല്ല ഹിയമാനായം ജയസ്യാം സാമർഥ്യഹാനി ഇതിലേതെങ്കിലും ഒരു കല കുറഞ്ഞാൽ അത്രയും സാമർഥ്യം കുറയും അതാണ് ഭക്ഷണം ശരിക്ക് ചെന്നാലേ ബുദ്ധി ശരിയായി വർക്കുകയും ബുദ്ധി ശരിയായി പ്രവർത്തിച്ചു കഴിഞ്ഞാലേ ആ ജീവന് സാമർഥ്യം ഉണ്ടാകത്തുള്ളൂ സാമർഥ്യഹാനി സാമർഥ്യം ഉണ്ടാകുന്നു ക്ഷിരിക അധ അന്നയ ദൃഷ്ട ഇനി അടുത്ത് പറയും അന്നം വന്നുചേർന്നപ്പോൾ അവൻ കാണുന്നവനായി അന്നം വന്നുചേർന്നപ്പോൾ അവൻ കേൾക്കുന്നവനായി അന്നം വന്നുചേർന്നപ്പോൾ ചിന്തിക്കുന്നവനായി അന്നം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അന്നത്തെ വിട്ടിട്ട് ഒന്നും മനസ്സിന്റെ ശക്തിയുണ്ട് മനസ്സിന് ശക്തി അന്നമാണ് കൊടുക്കുന്നത് അന്നമല്ലെങ്കിൽ മനസ്സിന് ശക്തിയില്ല അതിന് എന്ത് അന്നമാണെന്നുള്ള യോഗ്യമായ അന്നം ഏതോ അതിനനുസരിച്ച് മനസ്സിന് ശക്തി കൊടുക്കും അതുകൊണ്ട് അന്നത്തെ വിട്ടിട്ട് മറ്റ് തപസുകളൊക്കെ ചെയ്യുന്നത് കൊണ്ട് ക്ഷീണമുണ്ടാകത്തേ ഉള്ളു സർവസ്യ കാര്യകര സംഘാതം മനക്കൃതമേവ എന്ന് പറയുന്നത് കാര്യകരണ സംഘാതമായിരിക്കുന്ന ശരീരം അതിനും എല്ലാത്തിൻ്റെയും ഇന്ദ്രിയങ്ങൾ ഇതിൻ്റെ എല്ലാം ആ ശേഷി എന്ന് പറയുന്നത് മനകൃതമാണ് മനസ്സിനെ ആശ്രയിച്ചിട്ടാണ് മനസ്സിനെ ബലപ്പെടുത്താൻ ശ്രമിക്കണം ഈ യോഗവും മറ്റു ശീലിക്കുന്നവർ ഭക്ഷണമൊക്കെ തീരെ കുറച്ച് ഭക്ഷണം കഴിക്കാതെ തന്നെ ഇരുന്ന് ചെയ്യാറുണ്ട് ഭക്ഷണം ഒരുപാട് കഴിച്ച് മേതസ്സൊക്കെ വന്നവർക്ക് ഭക്ഷണം കുറയ്ക്കുന്നത് നല്ലതാണ് ആ രീതിയിൽ നല്ലത് അതുകൊണ്ട് ഗുണമുണ്ടാവും മറിച്ച് ആവേശത്തിനുള്ള ഭക്ഷണം കഴിക്കാതെ യോഗം ചെയ്തു കഴിഞ്ഞാൽ പട്ടിണി കിടന്ന് യോഗം ചെയ്തു കഴിഞ്ഞാൽ രോഗം പിടിക്കത്തേ ഉള്ളൂ യുക്താഹാര വിഹാരസ്യ അവിടെ പറഞ്ഞു ആഹാരം യുക്തം തന്നെയായി അല്ലെങ്കിൽ ധ്യാനമൊന്നും ശരിയാകത്തില്ല അതുകൊണ്ട് അത്തരം സാധനം ചെയ്യുന്നവരും സാത്വികമായ അമിത ഭക്ഷണം ഒഴിവാക്കുക അത്രേ ഉള്ളൂ അമിത ഭക്ഷണം ശുദ്ധവും അത് കഴിക്കുന്നു സാധാരണ ഈ ഭക്ഷണത്തിലൊക്കെ നിയന്ത്രണം വേണമെന്ന് പറയുന്നത് ഞാൻ അമിത ഭക്ഷണം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നിയമവുമില്ലാട്ടോ അശാസ്ത്രീയമായിരിക്ക ഭക്ഷണരീതികൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് ഒരിടത്തും ആധ്യാത്മിക സാധനയായിട്ട് അമിത ഭക്ഷണം പാടില്ല അശുദ്ധമായ ഭക്ഷണം പാടില്ല എന്ന് പറയുന്നത് പക്ഷെ അത് മനസ്സിലാക്കാതെ മനുഷ്യർ ചെയ്യുന്നുണ്ട് അവർക്ക് രോഗവും വരുന്നുണ്ട് ശരീരം ദുർബലമായാൽ മനസ്സും ദുർബലമാകും ശരീരത്തെ ദുർബലമാക്കിയിട്ട് മനസ്സിനെ ബലപ്പെടുത്താൻ പറ്റത്തില്ല അതുകൊണ്ട് പറയുന്നത് സാമർഥ്യം മനക്കൃതമേവ വളരെ വ്യക്തമായി പറയുന്നു ഭൗതികമായ സാമർഥ്യമായാലും ആധ്യാത്മികമായ സാമർഥ്യങ്ങളായാലും ശരി ഇതെല്ലാം മനകൃതമാണ് ചില യോഗികളൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ തപസ്സ ചെയ്ത് അസ്ഥിമാത്രമായിരിക്കുന്ന ചില ആൾക്കാരൊക്കെ ഉണ്ട് ി മാത്രമേ കണക്കുള്ളൂ അവര് വലിയ സിദ്ധന്മാരാണ് അതെങ്ങനെ സംഭവിക്കുന്നു ശരീരം അത്യധികം കൃഷമായി എന്നിട്ട് അവർ വലിയ ആധ്യാത്മിക ശക്തികളൊക്കെ അങ്ങനെ ഞാൻ സംസാരിക്കും പക്ഷെ അത് പറയുന്നത് അപവാദം ഒരു ജീവിക്ക് വെള്ളവും ഭക്ഷണവും കഴിക്കാതെ ജീവിക്കാൻ പരിമിതിയുണ്ട് പക്ഷെ ചില ജീവികൾ എങ്ങനെയുള്ള മരുഭൂമിയിലും മറ്റുള്ള വർഷങ്ങളോടൊപ്പം അന്നവും ജലമില്ലാതെ ഇരിക്കും അങ്ങനെ ഇരുന്നുകഴിയുമ്പോൾ അത് കൃഷിമായിരിക്കും പക്ഷെ ജീവൻ നഷ്ടപ്പെടത്തില്ല അത് അപൂർവമായി സംഭവിക്കുന്ന കാര്യങ്ങളാണ് സാധാരണ സാധാരണ തത്വമാണ് ഇവിടെ പറയുന്നത് അപൂർവം അപവാദം ഏതിനും ഉണ്ടാവും ഏത് എന്തെങ്കിലും അവര് ക്രമമായി ക്രമീകൃതമായ രീതിയിൽ സാധനകൾ ചെയ്ത് ശരീരത്തിനും മനസ്സിനുമൊക്കെ എന്തെങ്കിലും വിശേഷമായൊരു ശക്തി വിശേഷം ഉണ്ടായിട്ട് അതുകൊണ്ട് ശരീരം നിലനിന്നു വരാം അത് അപവാദമാണ് സാമാന്യ രീതിയിലുള്ള അത് അനുകരണീയമല്ല എല്ലാവർക്കും സ്വീകരിക്കാവുന്ന ഒരു വഴിയാണ് അങ്ങനെ അതും എന്തെങ്കിലും ശക്തിവിശേഷം ഉണ്ടാകുന്നൊണ്ടായിരിക്കും മനസ്സിനും ശരീരത്തിനും ഒക്കെ അതിനെ ഇവിടെ പറയുന്നത് പൊതു തത്വവും പറയും അപവാദങ്ങളെടുത്തിട്ട് തത്വത്തെ നിഷേധിക്കാൻ പറ്റത്തില്ല സർവസാധാരണമായും ഇതാവശ്യമാണ് മാനസേന ഹി ബലേനുസമ്പന്ന ബലനോദൃശ്യന്തെ പറയുന്നു മനസ്സിന്റെ ബലം കൊണ്ട് മനസ്സിന്റെ സാമർഥ്യം മനഃദമാണ് അപ്പോ മനസ്സിന്റെ ബലമാണ് ഏറ്റവും വലിയ ബലം മനസ് ദുർബലമായി കഴിഞ്ഞാൽ പിന്നെ ലോകെ ധ്യാന ആഹാര ലോകത്തിൽ മനസ്സിന് ബലം കൊടുത്ത് മനസ്സിനെ ആശ്രയിച്ച് മനസ്സിന്റെ ബലത്തിൽ വ്യവഹരിക്കുന്നവരുമുണ്ട് എല്ലാ വ്യവഹാരവും മനത്തിന്റെ ബലത്തിലാണ് അങ്ങനെയുള്ളവരുമുണ്ട് പക്ഷെ ആ മനസ്സിന് ബലം വരണമെങ്കിൽ പറയുന്നു ആഹാരത്തിന്റെ ബലം കൊണ്ടുവേണം വരേണ്ടതുണ്ട് അന്നസ്യ സർവാത്മകത്വ അന്ന സർവാത്മകമാണ് അതാണ് ഇതിനൊരു അപവാദം പറഞ്ഞ ദുർബലരായ ആൾക്കാർ മനസ്സിന് ബലമുള്ളവരായി കാണുന്നുണ്ടെങ്കിൽ അവർ അന്ന സർവാത്മകമായിരിക്കുന്നുണ്ട് അവർ എവിടെ നിന്നെങ്കിലും അന്നത്തെ സ്വീകരിക്കുന്നു എന്ന് വിഗ്രഹിച്ചോ അന്നത്തെ സ്വീകരിക്കുന്നതിനുള്ള എന്തെങ്കിലും ഒരു ഉപായം ചിലർ പറയുന്ന ഭക്ഷണമൊന്നും കഴിക്കാതെ സൂര്യനിൽ നിന്ന് അന്നത്തെ സ്വീകരിക്കുന്നു ചില ജലം മാത്രം കുടിച്ചിട്ട് അതിൽ നിന്ന് അന്നത്തെ സ്വീകരിക്കുന്നു അപൂർവത പറയുന്നത് അന്ന സർവാത്മകമാണ് അത് സൂര്യനുണ്ട് കാരണം പഞ്ചീകരണം സംഭവിച്ചു അതുകൊണ്ട് മനസ്സിന് ആ കൊടുക്കുന്ന അന്നത്തെ ഏതെങ്കിലും ഉപയോഗികൾക്ക് മറ്റേതെങ്കിലും ഒരു ഉപായത്തിൽ നിന്ന് സ്വീകരിക്കാൻ പറ്റിയാൽ അതിനെ നിഷേധിക്കുന്നില്ല അവിടെയും അന്നം തന്നെയാണ് മനസ്സിന് ശക്തി കൊടുക്കുന്നത് ഇതുകൊണ്ട് എണ്ണം സർവാത്മകമായിരിക്കുന്നു മനസ്സുകൊണ്ട് തന്നെ മനസ്സിന് ഊർജ് മനസ്സിൽ നിന്ന് തന്നെ മനസ്സിലുള്ള ശക്തി ഉണ്ടാക്കാം കാരണം മനസ്സും അന്നമയമാണ് അതൊക്കെ പറയുന്നു അങ്ങനെയൊക്കെ സംഭവിക്കാം അതിന് നിഷേധിക്കുന്നില്ല പക്ഷെ പൊതുവെ പറഞ്ഞു കഴിഞ്ഞാൽ അന്നമാണ് മനസ്സിന് ശക്തി കൊടുക്കുന്നത് അത് അന്നം കഴിക്കാതെ ആടെങ്കിലും മനസ്സിന് ശക്തി ഉണ്ടെങ്കിൽ ഒരു മനസ്സ് തന്നെ അന്നമായതുകൊണ്ട് അതിന്റെ ശക്തിയെ തന്നെ അവർ ഉപയോഗിക്കുന്നു എന്ന് മനസ്സിലാക്കാം അത് അന്നകൃതം മാനസം വീര്യം ഷോടുശക്രശു പുരുഷ സ്വയം ഷോടുശകല പുരുഷ ഏകദേശം പ്രത്യക്ഷകടത്തും വിച്ചസി അതുകൊണ്ടെന്താണ് മാനസികമായ വീര്യം അന്നം തന്നെയാണ് അതെങ്ങനെ സംഭരിച്ചാലും ശരി അതുകൊണ്ട് പുരുഷൻ ഷോഡശകലയാണ് അതിന് പ്രത്യക്ഷമാക്കുന്നതിന് നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ എന്തു ചെയ്യുക പഞ്ചദശ സംഖ്യകാലി അഹാനി മ ആശിഹി അനശനം മ കാർഷികി ചെയ്യുക പതിനഞ്ച് ദിവസം ഭക്ഷണം കഴിക്കാതിരിക്കുക കാമം ഇച്ഛാദോ ആപഹ പി ഇഷ്ടംപോലെ ദാഹിക്കുമ്പോഴെല്ലാം ജലം കുടിച്ചു പോകുക പക്ഷെ അന്നം അന്നഭക്ഷണം ഒരുമ അന്ന പറയുന്നു വെള്ളം എന്തുകൊണ്ട് കുടിക്കണം എന്ന് പതിനഞ്ച് ദിവസം ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ വെള്ളം കൂടി കുടിക്കാതിരുത്തു കഴിഞ്ഞാൽ പ്രാണൻ ചിലപ്പോൾ ശരീരത്തെ വിട്ട് പോകും അതുകൊണ്ട് വെള്ളം കുടിക്കണം പതിനഞ്ച് ദിവസം വെള്ളം കുടിച്ചു പോകുക അന്നം ഒന്നും കഴിക്കാതിരിക്കുക നിനക്കത് വ്യക്തമായി ബോധ്യമാകും ഈ മനസ്സ് അന്നമയമാണ് നിന്റെ മനസ്സ് നീ കഴിക്കുന്ന അന്നത്തിൽ നിന്നാണ് സാമർഥ്യത്തെ നേടുന്നത് അത് നിനക്ക് കാര്യം സ്വകാര്ണോഷ്ടംഭമുന്ദരേണി വിഭ്രശ്യമാനം സഹദേ ജലവികാരമാണോ പ്രാണൻ അപ്പോ കാരണത്തെ വിട്ട് കാര്യത്തിന് നീക്കാൻ പറ്റത്തില്ല ജലമില്ല പ്രാണെന്ന് നിലനിൽക്കാതെ സംഭവിക്കുന്നത് കാരണം അത് ജലമയമാണ് അങ്ങനെ പറയുന്നത് കാര്യംഭമന്ദരയാണ് കാരണാശ്രയം കൂടാതെ പാത്രത്തിന് മണ്ണിനെ ആശ്രയിക്കാതെ നിക്കാമ്യാന്ന് പറയുന്ന പോലെ പ്രാണന് ജലത്തെ ആശ്രയിക്കാതെ മാറി വിഭ്രശ്യമാനം സാധും ഒന്ന് മാറി നീക്കാമെന്നത് ആഗ്രഹിക്കത്തില്ല സാധ്യമല്ല ഏതെങ്കിലും തരത്തിൽ ആ പ്രാണനിൽ ജലീയ അംശം വരണം ആ ജലത്തിൽ നിന്നും ഇനി അന്നത്തിൽ നിന്ന് വേണമെങ്കിലും എല്ലാം സർവം സർവാത്മകം എന്നുള്ള യുക്തി അനുസരിച്ച് എന്തായാലും അതിനെ പ്രോഷിപ്പിക്കാനിവിടെ ജലീയമായ അംശം വേണം അത് മനസ്സിലാക്കുന്നതിന് വേണ്ടി പതിനഞ്ച് ദിവസം ഭക്ഷണം കഴിക്കാതെ വെള്ളം കുടിച്ച് പതിനാറാമത്തെ ദിവസം വരിക നിനക്ക് സ്വയം ബോധ്യമാകും ഇതെല്ലാം അന്നമയമാണ് മനസ്സ് ജലമയമാണ് പ്രാണൻ എന്നുള്ള കാര്യങ്ങൾ നിനക്ക് ബോധ്യമാകും